ശൃാ യോഗാനന്ദ്ര ശ്രീ പദ 雨 എള bekannt Murray വ൦ mouths പിച്ളണട കിസ്ചേഹണ്ചൺനയനല �ഖി ഔ Vinegar ച deriv വടയവദൻ ഓഭർനം നച്ടെ പിഉ കെി കന്ട�െഇ ബാസ്യി Ooooh നിമിഷത്താറാം ബസ് ജ്ഞാനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വസുശക്തിയില് രണ്ടു കൂട്ടരും അദ്വൈതിയിൽ സ്വീകരിക്കുന്നുണ്ട് ബൗദ്ധന്മാർ സ്വീകരിക്കുന്നുണ്ട് അവിടെ ബോദ്ധന്മാരെന്ന് പറയുന്നത് ജ്ഞാനം സ്വജ്ഞേയമാണ് വിഷയമാക്കുന്നു ജ്ഞാനത്തിന് ജ്ഞാനം തന്നെ ജേയമാകുന്നു ജേയം എന്ന് പറയുമ്പോൾ ജ്ഞാനം കൊണ്ട് ഗ്രഹിക്കുന്നത് അത് ഇത് പറയുന്നത് അങ്ങനെയല്ല സ്വയം പ്രകാശം അതിനെ തന്നെ വിഷയമാക്കേണ്ട കാര്യമില്ല അത് സ്വയം പ്രകാശിക്കുന്നുണ്ട് വൈനാശിക ലഭ്യഗമ്യ ദേഹി സുഷൃപ്ദേവി ജ്ഞാനാസ്തിത്വത്തെ സ്വീകരിക്കുന്നു തത്രവിജ്ഞേയത്വം ഭയങ്കര ജ്ഞാനസ്യസേന പക്ഷെ ജ്ഞാനം ജ്ഞാനത്തെ അറിയുന്നു അതാണ് പറയുന്നത് അത് ശരിയല്ല ഭേദസ്യസിദ്ധത്വം ജ്ഞാനം ജ്ഞാനത്തിൻ്റെ വിഷയം അല്ലാണ്ട് നമ്മളുടെ ഭേദം സിദ്ധമാണ് ജ്ഞാനം തന്നെയല്ല അറിയുന്നത് തനിക്ക് ചുറ്റുമുള്ളതിനനുഭവത്തിലും അങ്ങനെയാണല്ലോ അറിവിലോ അറിവ് അറിയുന്ന എന്തോ വിഷയങ്ങളെ ജ്ഞാനവും ജയവും തമ്മില് ഭേദമുണ്ട് ജ്ഞാനജ്ഞേയോർ ഭേദസാധന ജ്ഞാനത്തിലൊരിക്കലും സ്വജ്ഞയത്വം വരത്തില്ല സിദ്ധം ഹി അഭാവ വിജ്ഞയ വിഷയ അഭാവജ്ഞയ ബെതിരേഖ അഭാവത്തെ അറിയുമ്പോൾ ജ്ഞാനം ആഭാവത്തിൽ നിന്ന് ഭിന്നമാണ് അതുകൊണ്ട് അന്യത്വം ജ്ഞാനവും ജയവും വേറെ അറിവും അറിവിന്റെ വിഷയവും വേറെയാണ് നഹിത്വ സിദ്ധം മൃതമി ഉജ്ജീവയിതും പുനരന്യതാവർത്തി ശക്തി വൈനാശിക സർവത്ര അങ്ങനെ വരുമോ സിദ്ധമായ അതിനെ എന്താണ് ഭേദസിദ്ധമാണ് അതിനെ പിന്നെ അന്യഥാകർ അതിനെ മറ്റൊന്നാക്കാൻ പറ്റില്ല ജ്ഞാനും സ്വയം ഞേയമാണ് എന്ന് സമ്മർത്ഥിക്കാൻ പോകുന്ന എന്താണ് മൃതം ജീവ ഇതും മരിച്ചവനെ ഓണത്ത വീണ്ടും ജീവിപ്പിക്കാൻ ശ്രമിക്കും പോലെയാണ് അതുകൊണ്ട് ജ്ഞാനങ്ങൾ വേറെ വേറെയാണോ എന്നത് ജാനസ്യേയത്വം ഏവേദി തഥപ്യന്യേന തഥപ്യന്യേനേദി തത്പക്ഷെ അതിപ്രസംഗ് ജ്ഞാന സ്വയന്യേയല്ലെങ്കിൽ ജ്ഞാനം അജ്ഞാതമായ ഒന്നല്ല ജ്ഞാനം എന്ന് പറയുന്ന എല്ലാവരിലും ഉണ്ട് അത് അതിനെ ജ്ഞാനം അറിയുന്നില്ലെങ്കിൽ അതിനെ മറ്റൊരു ഞാനറിയുന്നു പറയേണ്ടി വരും അനവസ്ഥാ ദോഷം പറയുന്നു ജ്ഞാനം ആർക്കും അറിയാമ്മയാക്കൊന്നുമില്ല അത് സദാ എല്ലാവരിലുമുണ്ട് ഒരാൾ പറയുന്നു എനിക്ക് ജ്ഞാനമുണ്ട് എനിക്കറിവുണ്ട് എന്ന് പറയുമ്പോൾ അറിവിനയാൾ അറിയുന്നുണ്ട് അതെങ്ങനെ അറിയുന്നു സ്വയം അറിയുന്നു എന്ന് പറയാൻ കഴിയില്ല അത് പറഞ്ഞു ഞാനും സ്വജ്ഞേയല്ല അങ്ങനെ മറ്റൊരറിവായിരിക്കും ഞാൻ അറിയുന്നത് അറിവിനെ അറിയുന്നൊരറിവാണ് അറിവിനേത് അറിയും അതിനേതറിയും അനവസ്ഥാദോഷം വരും അതാണ് ജ്ഞാനസ്യത്വമേ വേദി തഥപ്യന്യന് തഥപ്യന്യനേദി ത്വപക്ഷേ അതിപ്രസംഗം അദ്വേദി അതിപ്രസംഗം ജനവസ്ഥാദോഷം വരും ഇപ്പൊ ജ്ഞാനം ന്യായമല്ല എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ട് എനിക്കറിവുണ്ട് ഞാൻ അറിയുന്നു എന്നെല്ലാവരും പറയുന്നുണ്ട് അറിവിനെ സംബന്ധിച്ചുള്ള അറിവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അനവസ്ഥ തദ്വിഭാഗത്തെ ഹെ സർവസ്യുന്നു സർവസ്യ വസ്തുജാത വിഭാഗം അസങ്കരം വിജ്ഞയമേവെന്ന കഥാചിത്സ്യത്തിഭാഗം എല്ലാവർക്കും പ്രത്യക്ഷമായിരിക്കുന്ന കാര്യമാണ് എന്റെ അറിവ് വേറെ ഞാൻ അറിയുന്ന വിഷയം വേറെ ഇപ്പം ജ്ഞാനങ്ങൾക്ക് ുള്ള ഭേദം സർവത്രസിദ്ധമാണ് അതുകൊണ്ട് ഞാനും ന്യേയമല്ലെന്നാണ് ഞാനിപ്പോൾ പുസ്തകത്തെ അറിയുമ്പോൾ എൻ്റെ ഉള്ളിൽ അറിവുണ്ട് എൻ്റെ മുമ്പിൽ പുസ്തകമുണ്ട് അപ്പം ഇത് രണ്ടും പേരെ വേറെയാണ് ജ്ഞാനത്തിനിന്ന് ഭിന്നമായി ഞേയത്തെ അറിയാം അതുകൊണ്ട് ജ്ഞാനം തന്നെ ഇങ്ങനെ ഞേയമാകും അതില്ല വെളിച്ചം മുമ്പിലുള്ള വസ്തു വെളിച്ചം വസ്തുവിൽ പതിയുന്നു വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു എന്തുകൊണ്ടവിടെ ഇരുളുണ്ട് ഇരുളിനെ മാറ്റി വസ്തുവിനെ പ്രകാശിപ്പിക്കും ഈ രണ്ടും ഒന്നാകത്തില്ല വെളിച്ചം വേര് വെളിച്ചത്തിന്റെ വിഷയമായി വസ്തു പേര് പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ വെളിച്ചം വെളിച്ചത്തെ പ്രകാശിപ്പിക്കില്ലേ അതിന്റെ ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ വെളിച്ചത്തിന്റെ ആവശ്യം വന്നത് ഇവിടെ ഇരുളുണ്ടായിരുന്നു ഇരുളുള്ളടത്തെ വെളിച്ചത്തിന്റെ ആവശ്യം വെളിച്ചത്തിലാണെങ്കിൽ ഇരുളില്ല ഇരുളില്ലാത്ത ഒന്നിനെയാണ് വെളിച്ചമെന്ന് പറയുന്നത് അവിടെ പിന്നെ വെളിച്ചത്തിന്റെ ആവശ്യമുണ്ട് അതുപോലെയാണ് ജ്ഞാനത്തിൻ്റെ സ്ത്രീ ജ്ഞാനത്തിന് ജ്ഞാനത്തെ വിഷയമാക്കേണ്ട കാര്യമില്ല അസ്വം ഞേയത്തെ വിഷയമാക്കിയും വേണം എന്തുകൊണ്ട് ന്യേയത്തിൻ്റെ ഇള ഉണ്ട് അറിവില്ലായ്മയുണ്ടോ അവിടെ അറിയുന്നില്ല അപ്പം അതിനറിയാൻ ഞാൻ വേണം ഞാൻ സ്വയമാണെങ്കിലോ അതിനറിവില്ലായ്മയില്ല അതിൻ്റെ സ്വഭാവം തന്നെ എന്താണ് പ്രകാശമാണ് ഈ ചർച്ച ചെയ്യുന്നതെല്ലാം അദ്വൈതി പറയുന്ന പരമാർത്ഥ സത്യം അത് ജ്ഞാനമാണ് ആനന്ദമാണ് എന്നെല്ലാം പറയുമ്പോൾ എന്താണതിന്റെ സ്വരൂപം എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ട് എന്തതല്ല എന്ന് മനസ്സിലാക്കണം ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം എന്തതല്ലാന്ന് മനസ്സിലാക്കണമെന്ന് അല്ലെങ്കിൽ അവിടെ ഭ്രാന്തി ഉണ്ടാകും എന്തല്ലയോ അതാണെന്ന് ധരിക്കുന്നു അതുകൊണ്ട് ഭക്ഷണപ്രമാണങ്ങളിലൂടെ അതിനെ വ്യക്തമാക്കുകയാണ് എന്താണ് അതിൻ്റെ സ്വരൂപം എന്ന് വ്യക്തി പശുവിനെ കുറിച്ച് പറയുന്നു പശുവിനെ കുറിച്ച് പറയുമ്പോൾ അത് നാല് കാലമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങളുമാകും അപ്പത് എന്തല്ല എന്നുകൂടി മനസ്സിലാക്കണം കാരണം സമാനമായ സ്വഭാവമുള്ള പലതും ഉണ്ട് അതിൽ നിന്ന് അതിനെ വേർതിരിച്ചെന്ന് മനസ്സിലാകണം ഇവിടെ പറയുന്ന പരമാർത്ഥ സത്യം എന്താണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് പരമാർത്ഥ സത്യം അല്ലാത്ത മനസ്സിലാക്കിയാലും പറ്റും അപ്പൊ അതിന് എന്താണ് അതിന്റെ സ്വരൂപം എന്ന് വെളിപ്പെടുത്ത രീതിയിൽ അതിന്റെ ലക്ഷണത്തെ പറയുന്നു പശുവിന്റെ കാര്യത്തിനും അങ്ങനെയെന്ന് പറയും ഇന്ന് ഇന്നടയാളങ്ങളോട് കൂടിയത് ഇന്ന് വ്യക്തമായി പറയുമ്പോ ആ ഇന്നതല്ല ആ വ്യക്തത മറ്റൊരു ജീവിയെ കണ്ടിട്ടും അയാൾക്ക് ഇതാണ് പശു എന്ന് ധരിക്കും എന്തുകൊണ്ട് നാല് കാലമുള്ളതെന്ന് പറഞ്ഞു അതുപോല അതുപോലിവിടെയും എന്താണ് ജ്ഞാനം അതും ജ്ഞാനം എന്താണെന്നാലും പറയേണ്ട കാര്യമില്ല പരമാർത്ഥാനം എന്താണ് പരമാർത്ഥമായിരിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ പരമാർത്ഥസ്വരൂപം എന്താണ് ആ ബോധം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് ആ വിഷയത്തെ ചർച്ച ചെയ്ത് അതിനെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യഥാ ഈ സർവം ജയം കസ്വജ് തഥാ തദ്വ്യതിരിക്തം ജ്ഞാനം ജ്ഞാനം ഏവേദി ോ വിഭാഗിയോ അഭിഗമ്യത അവൈനാശിക ഹീന തൃതീയ തദ്വിഷയോ ഇത്യവസ്ഥയുന്നു ഇവിടെ എന്താണ് ന്യേയം അറിയപ്പെടുന്നത് സർവവും ജ്ഞാന ഭിന്നമായിട്ട് സർവവും സർവ്യതിരിതജാനായിട്ടൊന്നിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതറിയപ്പെടുന്നതാണ് അന്യം ഒന്നറിയപ്പെടുന്നതാണ് ഏതെങ്കിലും തരത്തിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രത്യക്ഷമായി അറിയുന്നു അന്യമായി പ്രത്യക്ഷമായി തന്നെ അറിയണമെന്നില്ല പരമാണു അനുമാനത്തിലൂടെ അറിയുന്നു ഇതിങ്ങനെ സ്ഥൂലമായിരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ അതിസൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത ഒരു കാരണമുണ്ടാകണം അതാണ് പരമാണു എന്നിങ്ങനെ അനുമാനത്തിലൂടെ അറിയുന്നു അപ്പോൾ പ്രത്യക്ഷമായി അറിഞ്ഞാലും ശരി അനുമാനത്തിലൂടെ അറിഞ്ഞാലും ശരി എല്ലാം ന്യേയമാണ് അറിവിന് വിഷയമാണ് അങ്ങനെ ന്യേയമായിട്ടുള്ള സർവവും അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു പോയാൽ അത് എന്തിനാണ് ന്യേയമായിരിക്കുന്നത് ജ്ഞാനത്തിന് ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്നു അപ്പോ അവിടെ ജ്ഞാനങ്ങളെ വേറെ തിരിക്കാം ഈ സർവ്വ വിഷയങ്ങളും ഏതിനാണോ ജയമായിരിക്കുന്നത് ആ ജ്ഞാനം അതിൽ നിന്നെല്ലാം വേറെയാണ് തദ്വ്യതിരിക്തം ജ്ഞാനം ഇതിൻ്റെ സ്വരൂപം വേറെ വേറെ തന്നെയാണ് വെളിച്ചത്തിന്റെ സ്വരൂപം വേറെ അതിൻ്റെ സ്വഭാവം വേറെ വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്ന വസ്തുക്കളുടെ സ്വഭാവം വേറെ മറ്റൊന്നിനും അതാകത്തില്ല അത് ഒരിക്കലും മറ്റൊന്നും ആകുന്നുണ്ടോ പ്രകാശകമായിരിക്കുന്നു വെളിച്ചം പ്രകാശ്യമായിരിക്കുന്നു വസ്തുക്കൾ ജ്ഞാനം അതെപ്പോഴും തദ്വ്യതിരിക്തം ജ്ഞാനം ജ്ഞാനമേവാ ജ്ഞാനം എപ്പോഴും അത് പ്രകാശരൂപത്തിൽ തന്നെ ഇരിക്കുന്നു എന്തെല്ലാം വിഷയമാകുന്നു അതെല്ലാം ന്യമായി ഇരിക്കുന്നു അങ്ങനെ ജ്ഞാനം ജയങ്ങളോടെ വേർതിരിക്കുകയാണ് അപ്പം ഇവിടെ രണ്ടായിട്ടേ തിരിക്കാൻ പറ്റൂ ഇതിനാണ് ദൃക് ദൃശ്യം എന്ന് ഒന്ന് ദൃക്ക് മറ്റൊന്ന് ദൃശ്യം രണ്ടു പേരുവേയോളൂ ദ്വിദ്യയോ വിഭാഗോ ഏവ അഭ്യുമ്യതേ അവൈനാശികേഹി ബൗദ്ധന്മാരൊഴികെയുള്ളവരെല്ലാവരും ഇതംഗീകരിക്കുന്ന കാര്യമാണ് ജ്ഞാനവും ജയവും തൃതീയ മൂന്നാമതൊന്നില്ല ഇവിടെ ദൃക്കും ദൃശ്യവുമല്ലാതെ മറ്റൊന്നില്ല മൂന്നാമത്തെ എന്താണോ ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന ഒരു ജ്ഞാനം അങ്ങനെ മൂന്നാമതൊന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അനുസ്തവം ഇവിടെ അങ്ങനെ ഉണ്ട് ഒരു ജ്ഞാനം അങ്ങനെ കാണാൻ പറ്റില്ല ഒരു പ്രകാശം ആ പ്രകാശം പ്രകാശിപ്പിക്കുന്ന വസ്തുക്കൾ ഇനി ആ പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ വേറൊരു പ്രകാശം അതൊരു അടുത്ത ആവശ്യമായി വരുന്നില്ല ആ പ്രകാശം എത്ര വലുതായാലും ശരി എത്ര ചെറുതായാലും ശരി അത് പ്രകാശം തന്നെയാണ് അതുകൊണ്ട് പറയാം അത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതെന്റെ സ്വഭാവമാണ് അതിനെ മാറാൻ പറ്റത്തില്ല അത് സ്വയം പ്രകാശിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യം അതുപോലെ ഇവിടെ ജ്ഞാനം അതീകരൂപത്തിലിരിക്കുന്നു അടുത്തു പറയാം അത് അന്തരാത്മാവായിരിക്കുന്നു സർവപ്രാണികളുടെയും അന്തരാത്മാവായി സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അത് സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇനി അതിൻ്റെ ഒരു പ്രകാശം അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ടാണ് അദ്വൈതി ജീവാത്മ പരമാകത്വം എന്ന് പറയുന്നത് അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്തെ പ്രകാശിപ്പിക്കാൻ വേറിട്ടൊരു ചൈതന്യം ഒരു വലിയ ചൈതന്യം ഈശ്വര ചൈതന്യം എന്ന് പറയുന്ന ഒരു ചൈതന്യവശ്യമില്ല മെഴുകുതിരി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ പ്രകാശത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് സൂര്യപ്രകാശമില്ലാത്ത ഏത് അന്ധകാരത്തിൽ കൊണ്ടുവച്ചാലും ശരി സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെ സൂര്യപ്രകാശം വലുതാണ് പക്ഷേ ഏറ്റവും ചെറിയ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നതിനും എൻ്റെ ആവശ്യമുണ്ട് അതുപോലെയാണ് ഇവിടെ ജ്ഞാനം പ്രകാശം അത് ഏത് ഉറമ്പിൻ്റെ ഉള്ളിലിരുന്നാണ് അത് ഹരണ്യഗർഭനിലാണ് ഇരിക്കുന്നതെങ്കിലും സ്വഭാവമൊന്നും അപ്പവിടെ ഭേദമില്ല ഈശ്വരൻ ജീവൻ അങ്ങനെ ഒരു ആ ജ്ഞാനത്തിൽ വരുന്നില്ല സ്വരൂപത്തിൽ കാരണം എന്തുകൊണ്ട് സ്വരൂപത്തിന് വ്യത്യാസം വരുന്നില്ല അത് പ്രകാശിച്ചുകൊണ്ടിരിക്കും ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ജ്ഞാനം അങ്ങനെയൊന്നും വരത്തില്ല കാരണം ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് സ്വയം പ്രകാശിക്കാവുന്നതിന് ജ്ഞാനസ്യ സ്വനേയും അവിജ്ഞേയത്വേ സർവജ്ഞ പറയുന്നു ോധന്മാരും പറയുന്നു ഞാനും സർവജ്ഞനാണ് ഞാൻ ഇപ്പൊ എല്ലാ കാര്യങ്ങളെയും അറിയുന്നു ഞാൻ സർവജ്ഞനാവണമെങ്കിൽ എല്ലാത്തിനെയും അറിയണം എന്തൊക്കെ ജയമായിട്ടുണ്ടോ എല്ലാത്തിനെ അറിയും ഞാൻ എല്ലാത്തിനെയും അറിയുന്നു എന്നെ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ സർവജ്ഞനാവും എന്നെ കൂടി അറിയണ്ടേ അതുപോലെ ജ്ഞാനം സർവത്തെയും പ്രകാശിപ്പിക്കുന്നു തന്നെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനം സർവജ്ഞനാകത്തില്ല എന്തുകൊണ്ട് അതിന് തന്നെ അറിയാൻ കഴിയുന്നില്ല സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അറിയുന്നില്ലേ അതാണ് ജ്ഞാനശ്യ അവിജ്ഞേയത്വേ ജ്ഞാനം തന്നെ അറിയുന്നില്ല എന്ന് വന്നുകഴിഞ്ഞാൽ സർവജ്ഞത്വാനുരുതി ചെയ്യുന്നു പറയുന്നു സോബിദോഷത്തു തന്നെയാണ് അസ്മാകും അനവസ്ഥോഷ്യുമാസൈവസ്തു പറയുന്നു അത് അങ്ങനെ ഉണ്ടെങ്കിൽ ജ്ഞാനത്തെ ന്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ജ്ഞാനും സർവജ്ഞനാകില്ല എന്ന് പറയുന്നു പറയുന്നെങ്കിൽ ആർക്കാ അങ്ങനെ ഒരു ദോഷം ആരാ പറയുന്നത് ജ്ഞാനത്തെ ന്യമാക്കണമെന്ന് പറയുന്നവർക്കാണ് ആ ദോഷം അങ്ങനെ ഇരുന്നോട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം സ്വയം പ്രകാശമാണ് അതുകൊണ്ട് അതിന് ജ്ഞാനത്തിന് ന്യായമാകേണ്ട കാര്യമില്ല ഈ പറയുന്ന ദോഷം ആരാണോ ജ്ഞാനത്തെ ന്യമായി അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ ദോഷം വരുന്നു അത് സ്വീകരിച്ചെങ്കിൽ ദോഷം വന്നോട്ടെ നിങ്ങളുടെ ദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ പരിഹരിക്കണം അന്ന് പറയുന്നു ദോഷ തസ്സി വാസ്തു കിം തൻ നിർവഹണേന അസ്മാകം നിങ്ങൾക്കുള്ള ദോഷങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം നിങ്ങളൊരു സിദ്ധാന്തം ഉണ്ടാക്കി അത് ദോഷം വന്നെങ്കിൽ നിങ്ങൾ പരിഹരിക്കണം നിങ്ങളൊരു സിദ്ധാന്തം ഉണ്ടാക്കി ജ്ഞാനം ന്യായമാണ് അങ്ങനെയാണെങ്കിൽ ജ്ഞാനത്തിൽ സർവജ്ഞത്വം വരത്തില്ല അപ്പോൾ ജ്ഞാനഞ്ജയമാവുമ്പോൾ അതിന് ദോഷം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് പരിഹരിക്കേണ്ടത് നിങ്ങളെ ദോഷമാണ് സർവജ്ഞത്വത്തിന് ദോഷം വരുമെങ്കിൽ അത് പരിഹരിച്ചത് നിങ്ങളെ യുക്തി കൊണ്ടുപിടിച്ചു ജ്ഞാനം എന്താണോ അത് സ്വയം പ്രകാശമാണ് അങ്ങനെ സ്വീകരിക്കുമ്പോൾ ദോഷങ്ങളൊന്നുമില്ല അങ്ങനെ സ്വീകരിക്കാത്ത ദോഷം വന്നാൽ അത് പരിഹരിക്കും അനവസ്ഥാ ദോഷ് അഭ്യ അശ്വ നിങ്ങൾ അതുകൊണ്ട് ഞാനത്തെ ന്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറെ ദോഷം വരും ഞാനത്തെ ന്യമായി സ്വീകരിച്ചില്ലെങ്കിൽ അസർവജ്ഞത്വം വരും ഞാനത്തെ ന്യമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അനവസ്ഥ ദോഷം ഒരു വസ്തു എങ്ങനെയാണോ ആ വസ്തുവിനെ അങ്ങനെ സ്വീകരിക്കുക അതിൽ നാനാതരത്തിലുള്ള കല്പനകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ദോഷങ്ങൾ വരും വസ്തു സ്വഭാവത്തിൽ നിന്നും വേറിട്ട് കല്പന വന്നാൽ പ്രകാശത്തിൻ്റെ സ്വഭാവമാണത് സ്വയം പ്രകാശിക്കുക അല്ല അതിനെ പ്രകാശിപ്പിക്കാം വേറൊരു പ്രകാശം വേണം അല്ലെങ്കിൽ അത് അതിനെ പ്രകാശിപ്പിക്കാതെ ഇങ്ങനെ മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെന്താണ് വസ്തു സ്വഭാവത്തിനനുസരിക്കുന്നതല്ല വസ്തു സ്വഭാവം എന്താണത് സ്വയം പ്രകാശിക്കുന്നു അതിന് വേറെ ഒരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല അത് അംഗീകരിച്ചാൽ മതി ഒരു വസ്തുവിനെ സംബന്ധിച്ച് പല പക്ഷങ്ങൾ ആർക്കും കൊണ്ടുവരാം പക്ഷെ ആ വസ്തു എങ്ങനെയാണ് എന്ന് ഗ്രഹിക്കുന്നതാണ് മുഖ്യം ഒന്നിൽ വികല്പങ്ങൾ പലതും വരാം പശുവിനെ കണ്ടിട്ടൊരാൾ പറയുന്ന ഇത് പുലിയാണ് സമൂഹമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വികല്പങ്ങളാണത് പക്ഷെ അതിന്റെ ലക്ഷണങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മനസ്സിലാവുന്നു ഇത് പശുവാണ് എന്തുകൊണ്ട് അതിനൊരു സ്വരൂപമുണ്ട് അത് അതിനെ തന്നെ മനസ്സിലാക്കണം അതിനെ മറ്റൊന്നായി ഭ്രമിക്കാൻ പാടില്ല അതിന് മറ്റ് വകല്പങ്ങൾ വരാൻ പാടില്ല അതുപോലെ തത്വത്തിന് പരമാർത്ഥത്തിനൊരു സ്വരൂപമുണ്ട് അത് സ്വയം പ്രകാശമാണ് അതിനെ ഗ്രഹിക്കുക അതിൽ പല വികല്പങ്ങൾ കൊണ്ടുവന്നിട്ട് ദോഷങ്ങൾ ആരംഭിക്കുന്നതിന് എന്താർത്ഥം അതാണ് ദോഷ അനവസ്ഥ ദോഷസ്ഥ ജ്ഞാനസഞ്ചയത്വഭ്യമാണ് അവശ്യം വൈനാശികാന ജ്ഞാനം ജയം പക്ഷെ വൈനാശികന്മാർക്കെന്താണ് ജ്ഞാനത്തെ ന്യമായി സ്വീകരിച്ചേ പറ്റൂ അത് ദോഷമാണോ എന്നർത്ഥം അതും മാറ്റുന്നു സ്വപ്നഅ അവിജ്ഞേയത്വനാ അനവസ്ഥ അനിവാര്യ അപ്പൊ ജ്ഞാനത്തിന് മറ്റൊന്ന് ജ്ഞാനം മറ്റൊന്നിനെ ന്യേയമാണോ എന്ന് പറഞ്ഞു സ്വയം പ്രകാശമല്ല മറ്റൊന്നിനത് വിജയമാണ് വിഷയമാണ് മറ്റൊന്ന് ജ്ഞാനമായിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ ഒരു ജ്ഞാനം മറ്റൊരു ജ്ഞാനത്തിന് വിഷയമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ സ്വയം വിജ്ഞയമല്ല ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ഒരു ജ്ഞാനം സ്വയം വിജ്ഞയമല്ല പക്ഷെ ഒരു മറ്റൊരു ജ്ഞാനത്തിനത് വിജ്ഞയമാണ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞു ജ്ഞാനം സ്വയം വിജ്ഞയമാണെന്ന് പറഞ്ഞാലും ദോഷമാണ് മറ്റൊരു ജ്ഞാനത്തിനത് വിജ്ഞയമാണെന്ന് പറഞ്ഞാലും ദോഷമാണ് ണ് സ്വത്മനാവിജ്ഞയത്യ സ്വയം അത് വിജ്ഞേയമല്ല മറ്റൊന്നിനത് ജേയമാണെന്ന് വന്നു കഴിഞ്ഞാൽ അനവസ്ഥ അനിവാര്യമാണ് പറയുന്നു സമ്മാനവായും ദോഷ രീതി അദ്വൈതിയെ ദോഷങ്ങളെല്ലാം ഞാനത്തെ സ്വയം ന്യം എന്ന് പറഞ്ഞില്ല ദോഷം മറ്റൊന്നിന് അത് വന്നു കഴിഞ്ഞാൽ ദോഷം അദ്വൈതി സ്വീകരിക്കണം അല്ല ഞങ്ങൾ ന്യമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ അറിയുന്നു അറിവുണ്ട് എനിക്കറിവുണ്ടായി അറിവിനെ എങ്ങനെ വ്യവഹരിക്കാൻ പറ്റും അതിനെ ന്യമായി സ്വീകരിക്കണം അതുകൊണ്ട് അദ്വൈതിക്കും ദോഷം വരുമെന്ന് പറഞ്ഞാലോ ഇല്ല സ്വപ്രകാശത്വനസി ഉദാഹരണത്തിൽ ഇത് പറയുന്നു ജ്ഞാനം സ്വപ്രകാശമാണ് വെളിച്ചം സ്വപ്രകാശമാണ് ഒരുപാടെല്ലാം ചുറ്റിത്തിരിയേണ്ടി വരും എന്താണോ തത്വം ആ തത്വത്തിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്വരൂപം എങ്ങനെയാണോ ആ രീതിയിൽ അതിനെ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് മനക്കോട്ടകൾ സങ്കല്പങ്ങൾ ഭാവനകളെല്ലാം സൃഷ്ടിക്കേണ്ടി വരും പക്ഷെ അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് ലളിതമാണ് ഒന്നിനെ അതെന്താണോ അങ്ങനെ മനസ്സിലാക്കുന്ന എളുപ്പമാണ് അതെന്തല്ലയോ അതായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരുപാട് ചുറ്റിക്കറങ്ങേണ്ടി വരും പശുവിനെ പശുവായിട്ട് തന്നെ മനസ്സിലാക്കുന്ന എളുപ്പമാണ് അതിൻ്റെ ശീലവും ഗുണവും എല്ലാം മനസ്സിലുള്ളവരാണ് അതിന് സുഹൃമായിട്ട് മനസ്സിലാക്കാൻ പോയാലോ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം സിംഹത്തിനുള്ള പല രീതി കാണുന്നില്ല പക്ഷെ സിംഹമാണെന്നാണ് തൻ്റെ ധാരണ ഇതിനെയൊക്കെ പൊരുത്തപ്പെടുത്തേണ്ടി ഒരുപാട് സമാധാനം കണ്ടെത്തേണ്ടി വരും എന്തുകൊണ്ട് പശു സിംഹത്തെ പോലെ ഗർജിക്കുന്നില്ല എന്തുകൊണ്ട് അതിന് സിംഹത്തെ പോലെ ജഡ ഇല്ല ഓരോ സമാധാനം പറയേണ്ടി വരും ജഡയൊക്കെ അതെല്ലാം ഒഴിഞ്ഞുപോയി ഇപ്പോൾ ഇങ്ങനെയാണ് അതെന്തുകൊണ്ട് ഗർജിക്കുന്നില്ല അത് വയസ്സായിപ്പോ അതുപോലെ ശബ്ദം വരുന്നില്ല പല സമാധാനങ്ങളും കണ്ടുപിടിക്കേണ്ടി വരും സമാധാനം വേണമെന്തോ മനസ്സിൽ ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ മനസ്സ് ശമിക്കണമെങ്കിൽ സമാധാനം ഉണ്ടാവും ഒരു വസ്തുവിനെ ജിജ്ഞാസ സ്വാഭാവികയും ഉണ്ടാകും അതിന്റെ സ്വരൂപം എന്താണെന്ന് വന്നാൽ ആ ജിജ്ഞാസ അവിടെ പാടെ ശ്രമിക്കുന്നു മനസ്സ് ശാന്തമാവും ആ സ്വരൂപമല്ല മനസ്സിലാക്കുന്നതെങ്കിൽ പിന്നെ ഒരു ജിജ്ഞാസ അതിന് സമാധാനം ഉടനെ വേറൊരു ചോദ്യം അതിന് സമാധാനം ഇങ്ങനെ പരന്നു പരന്നു പോവും അതിനുള്ള പൂർവോക്ഷം എന്ന് പറയുന്നു തത്വം എന്താണോ അത് ഗ്രഹിപ്പിക്കുക അതാണ് ഉദ്ദേശം പക്ഷേ ഒരുവിന്റെ ബുദ്ധിയാ തത്വത്തെ അല്ല ഗ്രഹിക്കുന്നതെങ്കിൽ ഉടനെ ചോദ്യങ്ങൾ വരും പരന്നു പരന്നു പരന്ന് ചരച്ച നീണ്ടു നീണ്ടുപോകും അവനെ അതിൽ നിന്നെല്ലാം പിൻവലിപ്പിച്ച് വീണ്ടും ആ തത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ പോയാൽ ഇത് പരന്നു പോകും എന്ത് ജ്ഞാനത്തെക്കുറിച്ച് മനസിലാക്കണം പറയുന്നു സ്വപ്രകാശത്വേനസിഹാരം അറിവ് അതാണ് ജ്ഞാനവ്യവഹാരം ഞാൻ അറിയുന്നു അതാണ് ജ്ഞാനവ്യവഹാരം അത് സംഭവിക്കുന്ന എന്ത് അത് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടല്ല അതിന് ജ്ഞാനം മാത്രം മതി ജ്ഞാനം തന്നെ പര്യാപ്തമാണോ ഈ വെളിച്ചത്തിന് ഈ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല വെളിച്ചം തന്നെ പര്യാപ്തമാണോ എന്നുകൊണ്ട് അത് സ്വയംപ്രകാശമാണ് അതുകൊണ്ട് ജ്ഞാനവും അതുപോലെ സ്വയം പ്രകാശമാണ് അത് സ്വീകരിച്ചാൽ പ്രശ്നം എന്താ പറയുന്നു അത് സ്വയം പ്രകാശമായോണ്ട് പറയുന്നു ഞാൻ അറിയുന്നു ഞാൻ ഈ വിഷയത്തെ അറിയുന്നു ഞാൻ ജ്ഞാനത്തെ അറിയുന്നു എനിക്കറിവുണ്ടെന്ന് ഞാൻ അറിയുന്നു ഞാൻ അറിവെ സംബന്ധിച്ച് വരുന്ന എല്ലാ വ്യവഹാരങ്ങളും അത് സ്വയം പ്രകാശ അത് അറിവായതുകൊണ്ട് തന്നെ സ്വയംപ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് അറിവായത് കൊണ്ട് തന്നെ മറ്റൊന്നുമില്ലാത്തൊരു വിശേഷതയാണ് മറ്റുള്ള വസ്തുക്കളെല്ലാം എന്താണ് ഒന്നും തന്നെ സ്വയം പ്രകാശമുള്ളതല്ല എന്നുകൊണ്ട് അത് മറ്റൊന്നിന്റെ സഹായം വേണം അറിവിന്റെ സഹായം അറിവിന്റെ സഹായം കൊണ്ടെങ്ങനെ അറിവിൽ എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നു എന്ന് പറയും എന്തുകൊണ്ട് അറിവുകൊണ്ട് എല്ലാത്തിനെയും അറിയുന്നു അറിവ് സർവത്തെയും വെളിപ്പെടുത്തുന്നു ഇത് പുസ്തകമാണ് ഇത് മേശയാണ് ഇത് ഭൂമിയാണ് ആകാശമാണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്ന എന്താണ് അറിവ് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ മറ്റ് സർവത്തിനും അറിവിൻ്റെ ആവശ്യമുണ്ട് അറിവ് വെളിപ്പെടുത്തിയാലേ അങ്ങനൊരു വ്യവഹാരം സംഭവിക്കത്തുള്ളു എന്താണ് ഞാനിത് ഈ വസ്തുവിനെ അറിയുന്നു എനിക്ക് ഈ വസ്തുവിനെ അറിവുണ്ട് അറിവിൻ്റെ ഒരു സ്വഭാവമാണ് എന്താണ് ആ വസ്തുവിനെ അതായി വെളിപ്പെടുത്തുക ആ വെളിപ്പെടലിനെയാണ് നമ്മൾ വിളിക്കുന്ന അറിവ് ആ വെളിപ്പെടലിനെയാണ് നമ്മൾ പറയുന്ന അനുഭവം ഇതിൻ്റെ അറിവ് അനുഭവമാണ് എന്താ അതിൻ്റെ മുമ്പിലിരിക്കുന്നത് ഇത് പുസ്തകമാണ് എന്തുകൊണ്ട് ഇതിൻ്റെ അനുഭവമാണ് അറിവിൻ്റെ തന്നെ പേരാണ് അനുഭവം അത് അറിവങ്ങനെ വെളിപ്പെടുത്തുന്നു അങ്ങനെ ഓരോന്നിനെയും വെളിപ്പെടുത്തുമ്പോൾ അത് സ്വയം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് അതാണ് സ്വയം പ്രകാശത്വം എന്ന് പറയുന്നത് മറ്റുള്ളതിനെ വെളിപ്പെടുത്തുമ്പോൾ സ്വയം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുക അറിവ് അജ്ഞേയമായിരുന്നു എന്നും വെളിപ്പെടുത്തില്ല മറിച്ച് അറിവ് സ്വയം അറിവായിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സ്വയം ജേയമായിരുന്നു കൊണ്ടെന്നും പറയാം എന്നുവെച്ചാൽ സ്വയംപ്രകാശം എന്നുള്ള അർത്ഥത്തിൽ അത് സർവത്തെയും വെളിപ്പെടുത്തുന്നു അറിവിന്റെ ആ സവിശേഷത കൂടെ മറ്റെന്തിനാണുള്ളത് വിഷയങ്ങളെന്ന് പറയുന്ന ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങൾക്കൊന്നിനുമില്ല അത് സ്വയംപ്രകാശമായി സർവത്തെയും പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ് അറിവായി തന്നെ ഇരിക്കുന്നു അതാണ് സുപ്രകാശത്വന സ്വവ്യവഹാരസദ്യ അതാണ് സ്വവ്യവഹാരം എന്ന് പറയുന്നത് അറിവിനെ സംബന്ധിച്ച് നമുക്ക് എന്തും പറയാം ഞാൻ ഇന്നലെ അറിഞ്ഞു ഇന്നറിയുന്നു നാളെ അറിയും എന്നിൽ നിന്നും ബുണ്ടായ അറിവ് നശിച്ചു ഇപ്പോൾ പുതിയ അറിവ് വന്നു എൻ്റെ അറിവില് എനിക്ക് വികൽപ്പങ്ങളുണ്ടായി എൻ്റെ അറിവിൽ സംശയം ഉണ്ടായി എല്ലാം അറിവിനെ ആശ്രയിച്ചുള്ള പിന്നെ ബാഹ്യമായ ഇത് ശരീരമാണ് അറിവറിവിനേം അവഹരിക്കുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവാണ് ഇതാണ് സ്വവ്യവഹാരം എന്ന് അതുകൊണ്ട് പറയുന്നു ജ്ഞാനഭേദസേ അസ്മാഭിരംഗീകാര പക്ഷെ ഒന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ജ്ഞാനഭേദത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അത് ഇതേ ജ്ഞാനഭേദം എന്ന് വെച്ചാൽ ഇത് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് ഇത് മേസയെക്കുറിച്ചുള്ള അറിവ് ഇത് ഇന്നലെ ഉണ്ടായ അറിവ് ഇത് ഇന്നുണ്ടാകുന്ന അറിവ് നാളെ ഉണ്ടാകാൻ പോകുന്ന അറിവ് ഇത് നഷ്ടപ്പെട്ടു പോയ അറിവ് ഇപ്പം നിലനിൽക്കുന്ന അറിവ് ഇങ്ങനെ ജ്ഞാനഭേദത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ആ ജ്ഞാനഭേദം അങ്ങനെ സ്വീകരിക്കുന്ന ഉപാധികളെ അംഗീകരിച്ചുകൊണ്ട് അറിവിന് ഞേയമായിരിക്കുന്ന ഉപാധികളോട് ചേർന്ന് ജ്ഞാനഭേദത്തെ സ്വീകരിക്കുന്നു സ്വതേയല്ല സ്വയമേദമാണ് അദ്വൈമാണ് പക്ഷെ ജ്ഞാനം ജേയം എന്നുള്ളൊരു വിഭാഗം അനുഭവപ്പെടുമ്പോൾ ഈ ജാഗ്രതത്തിനും സ്വപ്നത്തിനുമെല്ലാം എവിടെയാണോ വ്യവഹാരം നടക്കുന്നത് ആ വ്യവഹാര ഭൂമികയിൽ ജ്ഞാനം ജേയം എന്നുള്ളൊരു ഭേദത്തെ അനുഭവിക്കുന്നു ആ ഭേദത്തെ അനുഭവിക്കുന്നതുകൊണ്ട് ആ ഭേദത്തെ ശ്രയിച്ചുകൊണ്ട് അതിന് ഉപാധിയെന്ന് പറയും അങ്ങനൊരു ഭേദത്തിന് കാരണമായിരിക്കും ഉപാധികളാണ് ബാഹ്യമായുള്ള ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഉപാധി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ജ്ഞാനഭേദത്തെ അംഗീകരിക്കുന്ന ഇങ്ങനെ ഇത് ശബ്ദജ്ഞാനമാണ് ഇത് രൂപജ്ഞാനമാണ് ഇത് രസജ്ഞാനമാണ് ഇത് ഗന്ധജ്ഞാനമാണ് അതേസമയം ആ അവിടെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് ജ്ഞാനത്വത്തിൻ്റെ അദ്വയസ്വഭാവത്തെയും അംഗീകരിക്കുന്നുണ്ട് രണ്ടുമുണ്ട് അതാണ് ഞാൻ ഭേദസേവ അസ്മാഭിരംഗീകാര അനവസ്ഥായ പ്രസക്തി അതുകൊണ്ട് ഇവിടെ അനവസ്ഥ വരുന്നില്ല ഇന്നലെ ഉണ്ടായ എന്റെ അറിവിനെക്കുറിച്ച് ഞാൻ ഇന്നതാ അറിയുന്നു ചിന്തിക്കുന്നു കുറച്ചു മുമ്പ് എനി ഉണ്ടായി നഷ്ടപ്പെട്ട് ആ അറിവിനെക്കുറിച്ചിപ്പോൾ ഞാൻ ചിന്തിക്കുന്നു പറയല്ലോ ഇന്നലെ എന്താ കേട്ടത് ഇന്നലെ എന്താ ഗ്രഹിച്ചത് ഇന്നതിനെ ഓർക്കുന്നു അറിവിനെ വീണ്ടും പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു അപ്പം അറിവിനെ സംബന്ധിച്ച് അറിവുണ്ടല്ലോ ദോഷമില്ല ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് കാല ഉപാധികൾ ഇന്നലെ ഇന്ന് ഇന്നുള്ള ഉപാധികൾ ദേശോപാധികൾ വസ്തുക്കളാകുന്ന ഉപാധികൾ ഇത്തരം ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ജ്ഞാനത്തിൽ ഭേദത്വങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇന്നലെ തേർവ് ഇന്നത്തെ അറിവ് നാളത്തെ അറിവെല്ലാം സ്വരൂപത്തിലോ ഏത് രൂപത്തിൽ തന്നെ അതാണ് ഞങ്ങൾ പറയുന്നത് ജ്ഞാന ഏകത്വത്തെഹേ ജ്ഞാനം ഏകമാണ് അതദ്വൈമാണോ അതുകൊണ്ടു ഇവിടെ ഔപാധികമായ ഭേദത്തെ സ്വീകരിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല പാരമാർത്ഥികമായ അഭേദത്തെയാണ് അംഗീകരിച്ചിരിക്കുന്നത് ഏകമാണ് അങ്ങനെ ജ്ഞാനത്തിൻ്റെ ആ പരമാർത്ഥികത ആ പാരമാർത്ഥികതയിൽ അത് ഏകവും അദ്വൈവുമായിരിക്കുന്നു എന്നുള്ളത് ശ്രോതാവിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റു പക്ഷങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ ആകാൻ പാടില്ലേ മറ്റൊരു തരത്തിലാകാൻ പാടില്ലേ എന്നിട്ട് അതിനെല്ലാം നിഷേധിക്കുന്നു നേരി നേരി അങ്ങനെയല്ല ജ്ഞാനത്തിൻ്റെ ആ അദ്വയഭാവത്തെ ബോധ്യം വരുന്നു ആ ജ്ഞാനം അത് അതുതന്നെയാണ് സർവസ്വരവുമായിരിക്കുന്നത് ഏതൊരു ജ്ഞാനത്തിലാണോ സർവവും പ്രകാശിക്കുന്നത് ഏതൊരു ജ്ഞാനമാണോ സർവജ്ഞനായിരിക്കുന്നത് വാസ്തവത്തിൽ ഓരോ ജീവനും സർവജ്ഞന്മാരാണ് സർവജ്ഞനെന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു ഈശ്വരനല്ലേ എന്തുകൊണ്ട് ആ ജീവൻ ജ്ഞാനസ്വരവുമാണ് ആ ജ്ഞാനമാണ് ജീവൻ ജഗത്ത് ഈശ്വരൻ തുടങ്ങിയ സർവ്വഭേദങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനമാണ് അപ്പൊ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ജ്ഞാനം ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്നവൻ അവൻ സർവജ്ഞനാണ് അതിനു വേണ്ടിയിട്ട് മറ്റ് ഒരു സർവജ്ഞനെ സ്വീകരിക്കേണ്ട കാര്യമില്ല ജ്ഞാനസ്വരൂപം സർവത്തെയും പ്രകാശിപ്പിക്കുക എന്നുള്ളതാണെന്നുള്ള അർത്ഥത്തിൽ സർവജ്ഞനാണ് അതിനേകമാണ് അദ്വേയമാണ് പറയുന്നത് ശരി എൻ്റെ ആ ജ്ഞാനം നിനക്കില്ല നിന്റെ ജ്ഞാനം എനിക്കില്ല എന്ന് പറയുന്നു അതൊക്കെ ഈ ശരീരമാകുന്ന ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് പരമാർത്ഥത്തിലാണെങ്കിലോ എന്താണോ എൻ്റെ ജ്ഞാനമായിരിക്കുന്നത് ഏതാണോ നിന്റെ ജ്ഞാനമായിരിക്കുന്നത് അതുതന്നെയാണ് സർവജ്ഞാനവുമായിരിക്കുന്നത് അവിടെ ഭേദമില്ല എന്തുകൊണ്ട് ജ്ഞാനസേകത്വത്തെ ഹേ ജ്ഞാനം ഏകമാണ് അവസ്ഥേകമ ജ്ഞാനം നമുരുപാധ്യ അനേകോപാധിഭേദ സവിത്രീ ജലാദി പ്രതിബിംബ അനേകഭാസൈരി ദോഷ തൽ സർവജ്ഞത്വം വരത്തില്ല ജ്ഞാനത്തിൽ ഇന്ന ദോഷങ്ങൾ വരും അനവസ്ഥാവരും ഇതെല്ലാം പരിഹാരമായിട്ട് പറയുന്നു നമ്മൾ എന്തൊക്കെ ദോഷങ്ങൾ പറഞ്ഞാലെല്ലാം പരിഹാരമായിട്ട് എന്ന് പറയുന്നു സർവ്വ ദേശകാല പുരുഷാദ്വസ്ഥം നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഏത് കാലത്തിലായാലും ഏത് ദേശത്തിലായാലും ഏതൊരു ജീവനിലായാലും ഏകമേവ ജ്ഞാനം ജ്ഞാനം ഏകരൂപത്തിൽ ഇരിക്കുന്നു ഞാൻ എൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞാലും അന്യൻ എന്റെ ജ്ഞാനം പറഞ്ഞാലും ജ്ഞാനത്തിൽ ഭേദമില്ല ഒന്ന് അങ്ങനെ സർവത്തിനും സമാനമായി ഏകമായി ഇരിക്കുന്ന ഒന്നും വേറൊന്നുമില്ല അതുകൊണ്ടാണ് സർവജ്ഞനെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ തന്നെ പരമാത്മാ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈശ്വരൻ എന്നുപറയുന്നത് അതിനെ തന്നെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് എന്തുകൊണ്ടത് സർവ ജീവജാലങ്ങളിലും ഏകമായി അദ്വൈമായി എന്നാൽ പ്രകാശ തന്നെ സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ അദ്വൈതമായിരിക്കുന്ന അതാണ് ഈശ്വരനായിരിക്കുന്ന അല്ലാതെ അതിൽ നിന്ന് വേറിട്ട റീസൺ ഏകമേവ ജ്ഞാനം പക്ഷേ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നതോ ജീവൻ ഈശ്വരൻ ജഗത്ത് എന്നുള്ള ഭേദത്തോടു കൂടി അവർ ഇന്ന് നാം ഒരു ഉപാധി അനേകോപാധി ഭേദ അനേകോപാധികളെ കൊണ്ട് യുവഷ്ടി ഉപാധികൾ സമഷ്ടി ഉപാധികൾ സ്ഥൂലമായ ഉപാധികൾ സൂക്ഷ്മമായ ഉപാധികൾ കരണ ഉപാധികൾ ഇങ്ങനെയുള്ള നാനാ ഉപാധികളെക്കൊണ്ട് ഉദാഹരണം വരുന്ന സവിത്രാദി ജലാദിപ്രതിബിംബ സൂര്യന്റെ പ്രതിബിംബം ജലത്തിൽ വരുന്നത് പോലെ പ്രതിബിംബം ജലത്തിൽ വരുന്നത് ആ പ്രതിബിംബ സമാനമായി ഈ ഭേദങ്ങളെല്ലാം ഉപാധികളെ ആശ്രയിച്ചു നിൽക്കുന്നു ഏകനാണ് സൂര്യൻ പക്ഷെ ഓരോ ജലാശയങ്ങളിലും ഓരോ പ്രതിബിംബമായി കാണുന്നു നാനാരൂപത്തിൽ കാണുന്നു അതിലേകമായിരിക്കുന്ന ഈ ചൈതന്യം ഓരോ ശരീരത്തെ ആശ്രയിച്ചും നാനാ രൂപത്തിലിരിക്കുന്നു ഓരോ ശരീരത്തിനും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അഹമഹം ഞാൻ ജ്ഞാനം ഇങ്ങനെ അത് പ്രതിബിംബം പോലെ പ്രകാശിക്കുക അഹം എന്ന് പറയുന്നതിൽ ആ ഉപാധി എ അവിടെ ശേഷിക്കുന്ന ജ്ഞാനം അത് ഏകരൂപത്തിൽ പ്രകാശിക്കണാണ് സവിത്രാദി ജലാദി പ്രബിംബത്തിൽ അനേകഥാ ഉപാസതയെ പലതരത്തിൽ അനുഭവപ്പെടുന്നു അതുകൊണ്ട് ജ്ഞാനത്തിന്റെ സ്വരൂപത്തിന് വ്യത്യാസവും ദോഷം വരുന്നില്ല ജ്ഞാനത്തിന്റെ പരമാർത്ഥിക സ്ഥിതിക്ക് ദോഷം വരുന്നില്ല അല്ല ഈ ഉപാധികളെ കൊണ്ട് ഞാനും ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു ഇന്നലത്തെ ജ്ഞാനം ഇന്നത്തെ ജ്ഞാനം അങ്ങനെ വരുന്നതെന്താണ് ജ്ഞാനത്തിലെല്ലാ ദോഷം കാല ഉപാധിയും ദേശോ ഉപാധിയും ചെയ്യുന്നതാണ് ജ്ഞാനം എന്നിടത്തെന്താണ് അത് ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നില്ല അത് സ്മൃതിയായി മാറുക പിന്നെ അത് അനുഭവമായി വരിക അങ്ങനെയുള്ള അവസ്ഥാന്തരങ്ങളൊന്നും ജ്ഞാനത്തിൽ സംഭവിക്കുന്നില്ല അതിന് ഏകമായ സ്വഭാവമാണ് പ്രകാശിക്കുക അത് പ്രകാശിപ്പിക്കുക ആ ഏക സ്വഭാവമാണ് സദാ അതിന് മാറ്റം സംഭവിക്കുന്നില്ല എല്ലാ ഉപാധികളെ കൊണ്ടുവരുന്ന ആ സുദോഷ ഇതാണ് ബൗദ്ധന്മാരെ മനസ്സിലാക്കി കൊടുക്കുന്നതല്ല നിങ്ങൾ പറയുന്ന പോലെ ഇത് ക്ഷണികമല്ല അല്ലാതെ ഞങ്ങളുടെ അനുഭവത്തെ ആശ്രയിച്ചു പറയും അനുഭവം ഭ്രമവുമാകാം എൻ്റെ അനുഭൂതി എന്ന് പറയുന്ന അനുഭൂതിയും ഭ്രമമാകാം നമ്മൾക്കുണ്ടാകുന്ന ഒരുപാട് അനുഭൂതികൾ ഭ്രാന്തിയാണ് ഭ്രാന്തി നമ്മളെ അനുഭൂതി എന്നാണ് വിളിക്കുന്നത് അതാണ് തഥാചായ ഇതം ഉച്ചതേ അതാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഇവിടെ ഈ ശ്രതിയെ പറയുന്ന ഇതാണ് ആ ശ്രതിയുടെ താല്പര്യമായി അദ്വിതെ എടുത്തു കാണിക്കുന്ന അതാണ് ആ ജ്ഞാനത്തിന്റെ പാരമാർത്ഥികത ഏകത്വം അജ്ഞാനത്തിന്റെ സർവജ്ഞത്വം അതാണോ ഇവിടെ വിശദീകരിക്കുന്ന ഇനി അടുത്ത് ഷോഡശകലെ ഷോഡശകലയോട് കൂടിയ പുരുഷനെ കുറിച്ച് ചർച്ച ചെയ്യണം ആ വിഷയം ഹേ വന്ദ ശരീരേ പരിശിന്നു കുണ്ട ഭദരവത് പലയിടത്തും പറയാറുണ്ട് എന്താണ് ആത്മാവ് ഹൃദയത്തിലിരിക്കുന്നു ആത്മാവ് ശരീരത്തിലിരിക്കുന്നു ആത്മാവിനൊരു ഇരിപ്പടം എന്ന ആത്മസ്വരൂപത്തെ കുറിച്ച് പറയുമ്പോൾ പറയാം അത് സർവവ്യാപിയാണ് ജഗത് ആധാരമാണ് എന്നിട്ട് പറയാം അത് ആ ഹൃദയത്തിലിരിക്കുന്നു ശരീരത്തിലിരിക്കുന്നു ഏതുപോലെ പാത്രത്തിലിരിക്കുന്ന ഫലത്തെക്കുറിച്ച് പറയുന്നു അതെ അങ്ങനെ ഇരിക്കുന്ന ഒന്നാണോ ചിലർ പറയുന്നുണ്ട് ആത്മാവെന്ന് പറയുന്നത് ഈ പെരുവിലുണ്ട് വലിപ്പത്തിലുണ്ട് അത് ഹൃദയത്തിലിരിക്കുകയാണ് അത് മെഴുകുതിരി പ്രകാശിക്കും പോലെ പ്രകാശിച്ചും കണ്ണുടെ ചുള്ളിലേക്ക് നോക്കിയാൽ മതി ശരിക്കും എൻ്റെ ആകാരം തന്നെ അതിങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുപോകും അതുപോലെ അത് പ്രവേശിക്കും അങ്ങനെ ജനന മരണങ്ങളുണ്ടാകുന്നു അതിവിടെ നിന്ന് സഞ്ചരിച്ച് വേറെ ലോകങ്ങളിലേക്ക് പോകുന്നു അത് കൃത്യമായും വ്യക്തമായും ഒരു ചെറിയ ദീപനാളത്തിൻ്റെ അത്രയേ ഉള്ളൂ അത് പ്രകാശിക്കുന്ന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്തു പറഞ്ഞാലും ആളെയും കിട്ടും കാരണം ഇതാർക്കും അറിയത്തില്ലല്ലോ ഒരാളോട് പറയുന്നു ആത്മാവ് പെരുവിരളിൻ്റെ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരി എന്നാൽ പെരുവിരളായിക്കോട്ടെ അതിൻ്റെ പുറകെയും കൂടുകയാണ് പറയുന്നു ശ്രുതി തന്നെ പറയിക്കുന്നു ഇവിടെ ഈ ഹൈവ് അന്തശരീര അന്തശരീരത്തിൽ എന്ന് പറഞ്ഞു ഈ ശരീരത്തിൽ ഇരിക്കണമെങ്കിൽ ശരീരത്തെക്കാളും ചെറുതായിരിക്കും ഇനി ശരീരത്തിൽ എന്നുള്ള എൻ്റെ പ്രത്യേകിച്ച് പറയുന്നത് ഹൃദയത്തിലാണെന്ന് പറഞ്ഞാൽ ഹൃദയത്തെക്കാളും ചെറുതായിരിക്കണം ഹൃദയം എന്ന് പറയുന്നത് ഒരു മുഷ്ടിയുടെ വലുപ്പമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന തീർച്ചയായിട്ടും അപ്പോൾ ഒരു വിരണ്ട അത്രയേ ഉള്ളൂ എന്നാലവിടെ സൗകര്യ സ്വസ്ഥമായി സൗകര്യമായി ഒന്ന് നീണ്ട നിർന്നൊക്കെ ഇരിക്കാൻ പറ്റും അതുകൊണ്ട് അതിനിങ്ങനെ പറയുന്നു പെരുവരണ്ടേ അത്രേ ഉള്ളൂ പരിച്ഛിന്ന കുണ്ടതര പുരുഷൻ അങ്ങനെയാണെന്ന് പറയുന്നു ഇതൊക്കെ എന്തു പറഞ്ഞാലും അംഗീകരിക്കാനിവിടെ ആളുണ്ട് ആൾക്കാർ ഇടിച്ചു കയറും എന്നാൽ പിന്നെ പുരുഷനെ കണ്ടിട്ട് തന്നെ കാര്യം അതൊന്ന് യുക്തിക്കോ അനുഭവത്തിനോ നിരക്കുന്ന കാര്യങ്ങളുണ്ടോ ഒരു തരത്തിലും യോജിക്കുന്ന കാര്യങ്ങളല്ല ശുക്തിയും ചിന്തയും ഇല്ലാത്തവർക്ക് പിന്നെ അവസാനം പറയും നിങ്ങൾ യുക്തി കൊണ്ടും പക്ഷേ ഞങ്ങളുടെ ആത്മാവ് ശരിക്കും പെരുവരലിന്റെ ഉള്ളൂ എന്നും ഉണ്ടാകും അനുഭവമാണ് തീർന്നു പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റും അങ്ങനെ എവിടെ അനുഭവിച്ചു ഞങ്ങൾ ധ്യാനിച്ചു ധ്യാനിച്ചപ്പോൾ കണ്ടു ഹൃദയത്തിൽ പെരുവരലിന്റെ അപ്പുറം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല അനുഭവത്തെയും പ്രമാണമായി സ്വീകരിക്കാൻ വയ്യ അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് എപ്പോഴാണോ ഇത് അനുഭവമാണ് ഈ അനുഭവം യഥാർത്ഥമാണ് ഈ അനുഭവം ഭ്രാന്തിയാണ് എന്ന് വേർതിരിക്കാൻ കഴിയാത്രത്തോളം കാലം അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല അനുഭവം ഭ്രാന്തിയായും വരാം ഈ പെരുവിരലിന്റെ വലുപ്പത്തിലുള്ള ആത്മാവിനെ കാണാൻ വേണ്ടിയിട്ട് രാവകൽ കുത്തിയിരുന്ന് കണ്ണടച്ച് അവസാനം തലച്ചൂടായി അവസാനം ഉള്ളിൽ ലൈറ്റൊക്കെ പ്രകാശിക്കും പെരുവിരൾ പോലെ ഇവിടെ എത്ര പേർക്ക് പ്രകാശിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പലയിടത്തും അത് പ്രകാശിച്ചിട്ടുണ്ട് അപ്പം തിരിച്ചറിയണം ഇത് ഭ്രാന്തിയാണ് തലച്ചൂടായതുകൊണ്ട് സംഭവിക്കുന്നതാണ് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഇവിടെ മനനം ആവശ്യമാണെന്ന് പറയുന്നത് അനുഭവത്തെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ജോലി എളുപ്പമാണ് പിന്നെ അനുഭവത്തിൽ ആനന്ദിച്ച് നടക്കാം അതാണ് അതൊരു കാര്യം ശ്രദ്ധിച്ചു അവര് വെറുതെ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കും വെറുതെ ഇരിക്കുമ്പോഴും ചിരിക്കും അനുഭവമാണ് അനുഭവത്തെ കണ്ടുകൊണ്ട് ചിരിക്കുകയാണ് അത് ഉപാസനയുടെ നല്ല വശങ്ങളുണ്ട് ഉപാസനയിൽ മനസ്സിനെകാഗ്രതയും ആത്മനിയന്ത്രണമെല്ലാം കിട്ടും പക്ഷെ ഉപാസനയുടെ ദോഷമുണ്ട് എന്താണോ തലച്ചൂടാവും അങ്ങനെയൊരു ദോഷമുണ്ട് പ്രാണാദി കലാകാരണത്വ പറയുന്നു അങ്ങനെ ഈ പുരുഷനെന്ന് പറയുന്ന അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ചെറിയ സാധനമൊന്നുമില്ല വെളിച്ചമൊന്നുമില്ല എന്തുകൊണ്ട് അത് ഇനി അടുത്ത് പരീക്ഷയുടെ ശകലർ പ്രാണന ശ്രദ്ധ തന്നെ സർവകാരണമായിരിക്കുന്ന ഒന്നാണ് സർവാധാരമായിരിക്കുന്ന ഒന്നാണ് ഒരു മുറിക്കാകത്ത് അടച്ചു വയ്ക്കത്തക്ക സാധനം അത് വിശദീകരിക്കുന്നു എന്നാൽ ഈ ശരീരം മാത്ര പരിച്ഛിന്ന പ്രാണശ്രദ്ധാധീനം കലാനം കാരണത്വം പ്രതിബദ്ധവും ശക്തിയാണ് ഈ ശരീര പരിച്ഛിന്നമായിരിക്കുന്നെച്ചാൽ ശരീരത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നു അതും അതിൻ്റെ ഉള്ളിലുള്ള ഹൃദയം എന്ന് പറയുന്ന ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഒരു സാധനം ഇതങ്ങനെ സർവ്വകാരണമാകും അത് പരിഛിന്നമായിരിക്കാൻ പറ്റില്ല കാരണം ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ വ്യാപകമാണ് ആകാശം ഓരോന്നെടുത്തു കഴിഞ്ഞാലതെല്ലാം വ്യാപകമാണ് പൃഥ്വി ഈ തത്വം എത്ര വ്യാപകമാണ് ഇത് ഏതുവരെ ഉണ്ടെന്ന് അറിയാമോ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമോ വായുതത്വം ആകാശത്തെല്ലാം വ്യാപകമാണ് എവിടെയൊക്കെ ഉണ്ട് ഇല്ല എന്ന് നമുക്കറിയാം ഇനി ആകാശത്താണെങ്കിൽ ഉറപ്പാണ് ആകാശമാണ് സർവത്തിനും അവകാശം ഇടം കൊടുത്ത് നിലനിൽക്കുന്നത് എത്ര വ്യാപകമാണ് അതിൻ്റെയൊക്കെ കാരണമായിരിക്കുന്നത് ഇതുകൊണ്ട് പരിച്ഛന്നമായിരിക്കുന്നെന്ന് പറഞ്ഞു അത് സാധ്യമല്ല എന്നർത്ഥം എന്തുകൊണ്ട് ഈ പുരുഷനെ പ്രാണശ്രദ്ധാദികളുടെ എല്ലാം കാരണമായി പറഞ്ഞിരിക്കുന്നു കലാകാര്യത്വ ശരീര അതിന്റെ ഒരു കാര്യമാണ് ഈ ശരീരം ആ ശരീരം കൊണ്ട് പരിമിതപ്പെടുത്താവുന്ന ഈ പുരുഷൻ എന്തുകൊണ്ട് പുരുഷന്റെ കാര്യമാണ് ശരീരം അതുകൊണ്ടിങ്ങനെ പുരുഷനെ പരിമിതപ്പെടുത്താൻ പറ്റുന്ന ഈ പുരുഷ കാര്യമാണ കലാനാം ശരീരം കാരണ കാരണം സസ്യ പുരുഷൻ കുണ്ടും ബേദരം ഇവ ആഭ്യന്തരീകുരിയ അതെങ്ങനെയാണോ പാത്രത്തിന്റെ അകത്ത് നെല്ലിക്കയോ പേരയ്ക്കോ ഒക്കെ എടുത്തു വെച്ചാൽ അതിന്റെ അകത്താക്കുന്നത് അതിൽ ഉൾക്കൊള്ളിക്കുന്നത് അതുപോലെ പുരുഷന്റെ കാര്യമാണ് കലകൾ ഷോഡശകലകൾ അതിന്റെ കാര്യമാണ് ശരീരം ആ ശരീരത്തിന്റെ കാരണമായ കലകൾ കലകളുടെ കാരണമായ പുരുഷന് ശരീരം അതിന്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞങ്ങനെ ശരിയാവും ശരീരത്തിന്റെ കാരണത്തിന്റെ കാരണത്തെ ശരീരത്തിനെങ്ങനെ പരിമിതപ്പെടുത്താൻ കഴിയും ഉൾക്കൊള്ളാൻ കഴിയും അതാണ് ഈ പുരുഷകാരിയാണെന്നും കലാനം കാര്യം ശരീരം കാരണകാരണം ശരീരത്തിന്റെ കാരണമായി ശ്രദ്ധാധികലകൾ അതിന്റെ കാരണമായ പുരുഷൻ സസ്യ പുരുഷൻ കുണ്ടം ബദരമീവ ബദരഫലം കരയ്ക്ക എന്ന് പറയുന്നു അത് പാത്രത്തിന്റെ ഉള്ളിലിരിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആഭ്യന്തരീകുര്യം അതെങ്ങനെ ഉള്ളിലാക്കും പറയുന്നു അതിനും തകഴപ്പും അങ്ങനെയൊക്കെ സംഭവിക്കാം ഇവിടെ എങ്ങനെ ബീജാധിപസ്യാ ബീജത്തെപ്പോലെ അതെങ്ങനെ ബീജം അതിൽ നിന്നുണ്ടായതാണ് വൃക്ഷം വൃക്ഷത്തിൽ നിന്നുണ്ടായതാണ് ഫലം ഫലത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ബീജം ഇരിക്കുന്നു അതുപോലെ ആയിക്കൂടെ ഏതിനു യുക്തി ഉണ്ടെന്ന് അവരിവിടെ സംഭവിക്കുക പുരുഷനിൽ നിന്നുണ്ടായതാണ് കലകൾ കലകളിൽ നിന്നുണ്ടായതാണ് ശരീരം ആ ശരീരത്തിനുള്ളിലാക്കി പുരുഷനെ ശരീരം അവിടെ പരിമിതപ്പെടുത്തി പറയുന്നില്ലേ ഹൃദയശേ അർജുന തിഷ്ടതി അപ്പൊ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു ഹൃദയത്തിലിരിക്കുന്നു എന്ന് പറയുന്നതിന് ദോഷമല്ല അത് എന്റെ മാത്ര ഹൃദയത്തിലിരിക്കുന്നുവെന്ന് എടുക്കരുത് മേൻ സർവഭൂതാനി എന്നുള്ള സർവ്വപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു എന്നിടത്താപ്പഴത്തുന്നു സർവപ്രാണികളുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് അവിടെയെന്ന് പറഞ്ഞാൽ സർവ്വപ്രാണികളുടെയും ഹൃദയത്തിന് ആധാരമായിരിക്കുന്നു എന്നാണ് അതിനെതിനാ ഹൃദയം എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിക്കാനൊരു അവലംബം എന്നുള്ളതെന്ന് എനിക്ക് പറയുകയാണ് ഈ സ്ഥാനം പറയുന്നത് അതങ്ങനെ പരിച്ഛിന്നമായിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയൊക്കെ ആത്മാവിന് സ്ഥാനം പറയുന്നു അതെല്ലാം ആ അതിനെ ഉപാസിക്കുന്നതിനുള്ള ഒരു കാരണം മനസ്സിന് ഏകാഗ്രമായി ചിന്തിക്കണമെങ്കിൽ ഒരു ഇടം വേണ്ടേ അതിനുവേണ്ടി പറയുന്നു എന്നുള്ളത് അല്ലാതെ അത് പരമാർത്ഥമായി പറയുന്നതല്ല അതുകൊണ്ട് ബീജാ ദിവസം യഥാ ബീജകാര്യം വൃക്ഷ തൽക്കാര്യൻ്റെ ഫലം കാരണം ബീജം ആഭ്യന്തരീകരതി ആമ്രാതി ആം ഫലത്തെടുക്കുക ആ ഫലത്തിൻ്റെ ഉള്ളിലൊരു ബീജം ഉണ്ടല്ലോ വിത്തെന്ന് പറയും പഴത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന വിത്ത് അപ്പം ബീജകാര്യം ആ വിത്തിൻ്റെ കാര്യമാണ് വൃക്ഷ തത്കാര്യ ഫലം മാങ്ങ ഫലം അതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന വിത്ത് അപ്പോൾ ആ വിത്തിന്റെ കാര്യമായി മാവ് മാവിന്റെ നിന്നുണ്ടായി ഫലം മാങ്ങ അതിന്റെ ഉള്ളിൽ വീണ്ടും വിത്ത് വന്നു അതുപോലെ സ്വകാരണ കാരണം പറയുന്നു മാവ് മാങ്ങയുടെ കാരണമായ വൃക്ഷം വൃക്ഷത്തിന്റെ കാരണമായ ബീജം ആഭ്യന്തരീകരതി മാങ്ങ അതിനുള്ളിൽ വച്ചിരിക്കുന്നു അതുപോലെ ഈ ശരീരം ആത്മാവിനെ തന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാലോ അമ്പ്രാദി തദ്വത് പുരുഷ അഭ്യന്തരീകുര്യാ ശരീരം പുരുഷനെ ഈ ശരീരം ഉള്ളിലാക്കുമെന്ന് പറഞ്ഞാൽ സ്വകാരണ കാരണമവിയാ കാരണത്തിൻ്റെ കാരണമാണെങ്കിലും അത് ചെയ്യാം യുക്തി എന്ന് പറയുന്നതാണ് നിഷ്ടാന്തങ്ങൾ അതായത് ഉദാഹരണങ്ങളിലൂടെ ഒരു തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് യുക്തി ഉദാഹരണമില്ലാതെ യുക്തിയില്ല അപ്പം ഇവിടെ ഉദാഹരണത്തിലൂടെ ആ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാ അന്യത്വ സാവയവത്വാ പറയുന്ന ശരിയാകത്തില്ല നിങ്ങൾ ഈ പറയുന്ന ഉദാഹരണങ്ങളൊന്നും ആത്മതത്വത്തിന് യോജിക്കുന്നതല്ല എന്തുകൊണ്ട് ഇത് പരസ്പര ഭേദമുള്ളടത്താണ് നിങ്ങൾ പറയുന്നത് അവിടെ ബീജം വേറെ വൃക്ഷം വേറെ അതിൽ നിന്നുണ്ടായ ഫലം വേറെ ഭേദമുള്ളടത്താണ് ഈ പറയുന്നത് പിന്നെ ഇതെല്ലാം സാവയവമാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാകുന്നു അതിൽ നിന്ന് മറ്റൊന്നുണ്ടാകുന്നു അംശങ്ങളുള്ളവയിൽ നിന്ന് പല കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഇതെല്ലാം എങ്ങനെയാണ് ഈ ആത്മതത്വത്തിന് ദൃഷ്ടാന്തി കാരണബീജല സമൃദ്ധി അന്യാന്വ ബീജാനി ദൃഷ്ടാന്തത്തിലെന്താണ് കാരണമായിരിക്കുന്ന ബീജം അതിൽ നിന്നും അത് വൃക്ഷമായി സമൃദ്ധമായി രൂപാന്തരപ്പെട്ടു പിന്നെ നിന്ന് ഫലമായി സമ്മർദ്ദപ്പെട്ടു ഇതെല്ലാം എന്താണ് അന്യാനവ ഇതെല്ലാം വേറെ വേറെയാണ് വൃക്ഷം വേറെ ഫലം വേറെ ബീജം വേറെ ദൃഷ്ടാന്തികേതു ആത്മതത്വത്തെ സംബന്ധിച്ചാണെങ്കിലോ നനസ്വകാരണ കാരണഭൂത സൈവ പുരുഷ ശരീരീകൃത ഭാഷ്ടാന്തത്തിലാണെങ്കിലോ കാരണകാരണനായിരിക്കുന്ന പുരുഷൻ ശരീര കാരണമായി ശ്രദ്ധാദികൾക്കും കാരണമായിരിക്കുന്ന ആ പുരുഷനെ ശരീരത്തിൽ പറയുന്നുണ്ട് ശ്രുതി എന്താ പറയുന്നതിന്റെ താല്പര്യം ആ പുരുഷൻ സർവവ്യാപിയാണ് സർവ്വവ്യാപിയായത് കൊണ്ട് അതിനിടെയും ഇരുന്നേയും മതിയാകും എല്ലാ പുരുഷനെ കൊണ്ടുവന്ന് ശരീരത്തിനകത്താക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന പോലെ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നേ മതിയാവും ആ ശരീരത്തിലിരിക്കുന്ന സർവ്വവ്യാപിയായിരിക്കുന്ന ആ പുരുഷ ചൈതന്യത്തിൽ ഇതെല്ലാം കല്പിതമാണ് ആരോപിതമാണ് ഏകനും അദ്വയനുമായിരിക്കുന്ന പുരുഷൻ എപ്പോഴാണോ ജാഗ്രത് ബോധത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്നിൽ തന്നെ സർവത്തെയും കാണുന്നു ഈ കലകളെയും കാര്യത്തെയും ശരീരത്തെയും ശരീരകരണമായിരിക്കുന്ന കലകളെയും എല്ലാം തന്നിൽ കാണുന്നു എന്തുകൊണ്ട് തന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് തന്റെ സ്വരൂപ സർവ്വവ്യാപകവും സർവാധാരവും സ്വയം പ്രകാശവുമാണെന്ന് അറിയുമ്പോൾ ആ പ്രകാശത്തിൽ സർവത്തെയും തന്നിൽ കാണുന്നു നിങ്ങൾ പറയുന്ന കാര്യമല്ല അത് എന്ന് പറയുന്നു ബീജപക്ഷാധീനാം സാമൂഹിക ആധാരാധേയത്വം ബീജപക്ഷങ്ങളെ സംബന്ധിച്ച് ശരിയാണ് ബീജത്തിൽ നിന്നപക്ഷം ഉണ്ടായത് എന്താ വൃക്ഷത്തിന് കാരണമല്ലെങ്കിൽ ആധാരമായിരിക്കുന്ന ബീജമാണ് എന്താണ് ബീജത്തിൽ ആധേയമായിരിക്കുന്ന കാര്യമായിരിക്കുന്ന വൃക്ഷം ഇങ്ങനെയെല്ലാം പറയാം നിരവയവസ്ഥാണ് നിരവയവനാണ് അംശങ്ങളില്ല പറയെന്താണ് ഈശ്വരന്റെ അംശമാണ് ജീവൻ എന്ന് പറയും ഒന്ന് അദ്ദേഹം അംഗീകരിക്കുന്നത് അംശം എന്ന് എന്തുകൊണ്ട് പറയുന്ന പറഞ്ഞാൽ ശരീരമാകുന്ന ഉപാധിയോട് കൂടി ചിന്തിക്കുമ്പോൾ ആ സർവ്വവ്യാപകമായിരിക്കുന്ന ചൈതന്യമാണ് താൻ എന്നുള്ള അനുഭവം തനിക്ക് ഉണ്ടാകാതിരിക്കുമ്പോൾ എന്നാൽ താൻ ഞാൻ ഞാൻ ഇങ്ങനെ ശരീരമാകുന്ന പരിമിതിയെ സ്വീകരിച്ചുകൊണ്ട് ബോധമുള്ളപ്പോൾ പറയാം ആ സർവ്വവ്യാപകമായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ അംശമാണ് ജീവൻ എന്തുകൊണ്ട് ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഉപാധികളെ സ്വീകരിക്കുന്നുണ്ട് മറിച്ച് ആ ഉപാധികളെല്ലാം വിട്ടിട്ട് സർവ്വവ്യാപകമായി സ്വീകരിക്കുമ്പോഴോ അങ്ങനെ ഗ്രഹിക്കുമ്പോഴും അവിടെ ഈശ്വരൻ ഈശ്വരന്റെ അംശം എന്നൊരു ഭേദമില്ല ഏകമായ ചൈതന്യം തന്നെ സർവാധാരമായി സർവ്വന്തര്യാമിയായി സ്ത്രീ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്നെല്ലാം പറയുമ്പോൾ ആ ഉള്ളെന്നെന്തോണ്ട് പറയുന്നു ആ ചൈതന്യത്തിൻ്റെ പ്രത്യേക ഭാവത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ അത് സർവ്വ അങ്ങനെയുണ്ടല്ലോ സർവ്വസ്വരൂപമായിരിക്കുന്നു ഉള്ള ഉള്ളെന്ന് പറയുന്നത് എന്താണ് ഉള്ളാണോ എന്നെന്റെ സ്വരൂപം ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്തു വെച്ചിട്ട് എന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ അത് അതിന്റെ സ്വരൂപത്തെ പറയുന്നു ഏത് വസ്തുവിനെടുത്താലും ശരി ആ സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നു ബാഹ്യമായി കാണുന്നതല്ല അതിന് അതിന്റേതായ ഒരു സ്വരൂപമുണ്ട് അഗ്നിയെ പറയുന്നു അഗ്നിയുടെ ഉള്ളെന്താണത് പ്രകാശവും ഉഷ്ണവുമാണ് പൃഥ്വിടെ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വരൂപമാണ് ഏതാണോ അവിടെ ഗന്ധത്തന്മാത്രയായിട്ടിരിക്കുന്ന അതാണ് പൃഥ്വി ജല തന്മാത്രയായിരിക്കുന്നതാണ് ജലം എന്നിങ്ങനെ വസ്തുവിന്റെ സ്വരൂപത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ് ഉള്ളം അതുപോലെ ശരീരത്തിന്റെ ഉള് എന്ന് പറയുമ്പോൾ എന്താണ് ഈ സ്വരൂപമായിരിക്കുന്നത് സ്വരൂപം എന്നെന്തുകൊണ്ട് പറയുന്നു ഈ ശരീരവാദികളെല്ലാം ഏതെന്തിനാണോ ആരോപിതമായിരിക്കുന്നത് ഏതെന്തിനാണോ ആരോപിതമായിരിക്കും അതായിരിക്കും അതിന്റെ സ്വരൂപം കയറുകൾ സർപ്പം ആരോപിതമായിരിക്കുന്നു സർപ്പത്തിന്റെ സ്വരൂപം എന്താണ് കയറാണോ അതുപോലെ ആ സ്വരൂപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പ്രത്യത്വം എന്ന് പറയുന്നത് പ്രത്യേക ആന്തരികമായ ഭാവം ആന്തരികമെപ്പോഴും സ്വരൂപമായിരിക്കും ബാഹ്യത്തിൽ നാനാഭാവങ്ങൾ വരാം പക്ഷെ ആന്തരികമായത് ഏകരൂപത്തിലായിരിക്കും ഏകസ്വരൂപത്തിലായിരിക്കും അതിനെ കാണിക്കാൻ വേണ്ടി പറയണം ഇവിടെ ഉള്ളിലെന്ന് പറയുന്നത് എന്താണ് പുരുഷ സാവ കലഹ ശരീരം പുരുഷൻ എങ്ങനെയാണ് നിരവയവനാണ് അതിലവയവങ്ങളൊന്നുമില്ല സുലഭമായിരിക്കുന്നു സാവയവഹ കലഹ ശരീരം ച ശരീരം കലകളെല്ലാം അവയവങ്ങളോട് കൂടി താണു ഏതെങ്കിലും ആകാശസ്യാവി ശരീരാധാരത്വം മനോബലം അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ആധാരമായി ആകാശത്തു കൂടിയെടുക്കാൻ നോക്കത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു ആകാശ വായു വായു അഗ്നി അഗ്നി രാഹ പൃഥിവി ഇങ്ങനെ പറയുന്നു ആകാശത്തുനിന്ന് വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് പൃഥിവി എന്ന് പറയുന്നു അപ്പം എല്ലാത്തിനും തുടക്കം ആകാശമാണ് ആകാശത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് ആകാശമാണ് ആധാരമായിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല ആകാശസ്യ ശരീര ആധാരത്വനുപന്നം കിമുദാ ആകാശം പോലും ഇതിനാധാരണെങ്കിൽ ആകാശത്തിനും കാരണമായിരിക്കുന്നു പുരുഷസ്യ പുരുഷൻ എങ്ങനെയാകും സ്മാത് അസമാനോ ദൃഷ്ടാന്ത അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ദൃഷ്ടാന്തം ബീജവൃക്ഷ ഫല ദൃഷ്ടാന്തം നൂടെ യോജിക്കത്തില്ല ശരീരാധാരമായി ഇതിനെ ഒന്നും സ്വീകരിക്കാൻ പറ്റത്തിന് ആകാശത്തെ പോലും സ്വീകരിക്കാൻ വേണ്ടെങ്കിൽ പിന്നെ മറ്റെന്തിനും സ്വീകരിക്കാറുണ്ടാണ് തസ്മാത് അസമാനോ ദൃഷ്ടാന്ത പറയുന്നു എന്തിനാ ദൃഷ്ടാന്തം എന്ന് വെച്ചാൽ എന്തിനാ യുക്തി ദൃഷ്ടാന്തേന വചന സാ വേദം തന്നെ പറയല്ലേ ഷോഡശ കലകളുള്ള പുരുഷൻ ആ പുരുഷൻ ശരീരത്തിന്റെ ഉള്ളിലാണെന്ന് ശ്രുതി പറയല്ലേ അപ്പൊ എന്തുകൊണ്ട് പുരുഷന് ഈ പറയുന്ന പോലെ ശ്രുതി പറയുന്നത് സ്വീകരിച്ചുകൂടാ എന്തുകൊണ്ട് അതിനെ ശരീര പരിച്ഛിന്നനായി സ്വീകരിച്ചു കൂട എന്നാണ് വചന അകാരകത്വ വസ്തു എങ്ങനെയോ അതിനെ വെളിപ്പെടുത്തുന്നതാണ് വചനം അല്ലാതെ വസ്തുവിനെ മാറ്റി മറിച്ച് അതിന്റെ സ്വരൂപത്തെ മാറ്റി വേറെ ഏതെങ്കിലും തരത്തിൽ ബോധിപ്പിക്കുന്നതിനല്ല വചനം അതിനൊക്കെയുള്ള ശേഷി വചനത്തിൽ വചനം വാക്യം ശ്രുതിവാക്യം ഉപദേശം ഉപദേശത്തിന് വേണ്ടി എന്താണോ ഗ്രഹിക്കേണ്ടത് അതിനെ അതേ രൂപത്തിൽ അതേ രീതിയിൽ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശം കാരണം അത് പരമാർത്ഥവാക്ക് പരമാർത്ഥത്തെയാണ് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന അറിവും പരമാർത്ഥം തന്നെയായിരിക്കണം അത് വിപ്രലംബക വഞ്ചകവാക്യമല്ല പരമാർത്ഥം പരമാർത്ഥമായി തന്നെ വെളിപ്പെടണമെങ്കിൽ അച്ഛനും എന്താ ചെയ്യേണ്ടത് അതിനെ വെളിപ്പെടുത്തുക അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ മാറ്റിയോ മറിക്കുകയോ ഒന്നുമില്ല ഇത് തന്നെ വേറെ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ ജ്ഞാന അകാരകത്വ മുമ്പ് വന്നിട്ടുണ്ട് ജ്ഞാനം അകാരകമാണോ എന്നുവെച്ചാൽ തത്വം എങ്ങനെയോ അതിനെ വെളിപ്പെടുത്തുന്നു അല്ല തത്വത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഒന്നും ഉണ്ടാക്കുന്നതല്ല അതിനാണ് ഇവിടെ ജീവിതത്തിൽ ശ്രുതിക്ക് ഇത്രയും പ്രാമാണിം വരുന്നത് ശ്രുതി ജന്യമായ ജ്ഞാനത്തിന് പരമമായി സ്വീകരിച്ചിരിക്കുന്നു അത് പുരുഷൻ ശരി വിരലന്റെ അത്ര ഉള്ളിലിരിക്കുന്നു പറയുന്നു ശരി എന്താണ പറയുന്നതിന്റെ താല്പര്യം ശ്രുതിയുടെ താല്പര്യം എന്താണോ വചനം എന്താ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കും അത് എങ്ങനെയായിരിക്കും ബോധിപ്പിക്കുന്നത് വസ്തു എങ്ങനെയോ ആ സ്വരൂപത്തിനനുസരിച്ചായിരിക്കും അത് വെളിപ്പെടുത്തുന്നത് മേശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തു എങ്ങനെയാണോ അതനുസരിച്ച് ആ വസ്തുവിന്റെ സ്വരൂപത്തെയാണ് ആ ശബ്ദം വെളിപ്പെടുത്തുന്നത് മേശ എന്ന് പറഞ്ഞാൽ ആനയാണെന്ന് ബോധിക്കാൻ പറ്റൂ കുതിരയൊന്നും ബോധിക്കാൻ പറ്റൂല്ല അതൊന്നും ആ വസ്തു സ്വരൂപമല്ല വസ്തു സ്വരൂപ ഏതോ അതിനെയാണ് വചനം വെളിപ്പെടുത്തുന്നത് അല്ലാതെ മാറ്റിയും മറിക്കുകയല്ല വസ്തു സ്വരൂപം എന്താണ് വസ്തുവിനെ കുറിച്ച് പറയുന്ന ഒന്നാണ് സച്ചിദാനന്ദം നിത്യജ്ഞാനം ആനന്ദം ബ്രഹ്മ വിജ്ഞാനമാനന്ദം ബ്രഹ്മ നിത്യശുദ്ധ ബുദ്ധിമുക്തം എന്നിങ്ങനെ ആ വസ്തുവിനെ ശ്രുതി വെളിപ്പെടുത്തുമ്പോൾ അതിന് അന്യഥാകരിക്കുക എങ്ങനെ അതിനെ ശ്രുതിക്ക് എങ്ങനെ കഴിയും കഴിയത്തില്ല പുരുഷൻ എന്ന് പറയുന്നിടത്തും വെളിപ്പെടുത്തുന്ന ആ സ്വരൂപത്തെ തന്നെയാണ് ആ വാക്കാണ് കുഴപ്പമുണ്ടാക്കുന്നത് പുരുഷൻ എന്ന് പറയുമ്പോൾ പരിച്ഛിന്നമായ ഒന്നാണ് എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവും അത് സർവാത്മകമായ സർവ്വവ്യാപകമായ തത്വം എന്നുള്ളതിനെ തന്നെ പുരുഷനെന്ന് പറയുന്ന പരിമിതമായ ശബ്ദം കൊണ്ടും വെളിപ്പെടുത്തുന്നതെന്നാണ് ഇവിടെ പറയാൻ തുടങ്ങുന്നത് അപ്പോ വചനം അതേ ചെയ്യുന്നുള്ളൂ അതിനെ വസ്തുവിനെ വെളിപ്പെടുത്തുന്നു അത്രേയുള്ളൂ വസ്തു എങ്ങനെയാണ് സച്ചതാനന്ദം അതിനെ വെളിപ്പെടുത്തുന്നു മഹാ ഉപദേശം എന്ന് പറയുന്നു അതാണ് ഈ വചനം വസ്തുവിന് വന്യഥാകരണ വ്യാപ്രിയതേ കിം ദർ പിന്നെന്താ ചെയ്യുന്നു യഥാഭൂത അർത്ഥ യഥാഭൂതമായ സത്യമായ വസ്തു വസ്തുവിനെ അവദ്യോതനെ പ്രകാശിപ്പിക്കുക അതാണ് ചെയ്യുന്ന വചനം അത് വചനം എന്ന് പറയാൻ കാര്യം അഹം ബ്രഹ്മാസ്മി തത്വമസി തുടങ്ങി ശബ്ദങ്ങളെല്ലാം അത് ശബ്ദാത്മകമാണെങ്കിലും അത് ശ്രോതാവിന്റെ ഹൃദയത്തിൽ എന്തിനാണ് ഉണ്ടാക്കുന്നത് പ്രകാശത്തെയാണ് അറിവിനെയാണ് ഉണ്ടാക്കുന്നത് ശ്രവണീന്ദ്രിയത്തിലൂടെ ശബ്ദം ഹൃദയത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അന്ധകരണത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ അന്ധകരണമെന്തു ചെയ്യുന്നു അവിടെ അതിൽ നിന്ന് ശബ്ദത്തെ ആ ശബ്ദത്തിൽ നിന്ന് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു അത് സ്വാഭാവികമായിട്ടത് സംഭവിക്കുന്നു എങ്ങനെയാണോ ശബ്ദം ഉള്ളിലേക്ക് കിടക്കുന്നത് ഹൃദയത്തിലേക്ക് അതിൻ്റെ പ്രതിഫലമായി വരുന്നത് എന്താണ് ജ്ഞാനമാണ് ആ ശബ്ദം ഏതൊരു വിഷയത്തെയാണോ ലക്ഷ്യമാക്കുന്ന ആ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ് പ്രകാശം അപ്പോൾ വചനം അകാരകമെന്ന് പറഞ്ഞെന്താ അതിന്റെ അർത്ഥം ജ്ഞാനം അകാരകമാണോ അപ്പോൾ സ്വരൂപത്തെ അത് അതുകൊണ്ട് ജ്ഞാനത്തിന് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല വേരെ സംബന്ധിച്ചിടത്തോളം വസ്തുവിനെ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ വസ്തുവിനെ പൊതിഞ്ഞു നോക്കിയാലേ ജോലി വെളിച്ചം എന്ത് ചെയ്യുന്നു ആ മറയെ മാറ്റുന്നു അല്ലാതെ വസ്തുവിൽ വേറെ എന്തെങ്കിലും ഒരു ഗുണത്തെ ആധാനം ചെയ്യുന്നതിന് പ്രകാശത്തിന് ശേഷിയില്ല അങ്ങനെ എന്തെങ്കിലും ആധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശമായിരിക്കില്ല മറ്റെന്തെങ്കിലും ആയിരിക്കും അതുപോലെ തൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുക സച്ചിദാനന്ദം എന്ന് പറയുന്ന സ്വരൂപത്തെ വെളിപ്പെടുത്തുക അതോടുകൂടി അതിൻ്റെ ജോലി തീർന്നു ജ്ഞാനത്തിൻ്റെ ജോലി അവിടെ അവസാനിച്ചു അതുകൊണ്ട് ആ സ്വരൂപം വ്യതിരിക്തമായും സ്വരൂപ ഭിന്നമായും ഒന്നിനെയും ഉണ്ടാക്കാൻ ജ്ഞാനത്തിന് കഴിയത്തില്ല സ്വരൂപി വ്യതിരിക്തമായിരിക്കുന്ന ആനന്ദത്തെ ഉണ്ടാക്കാൻ പലരും അത് ചോദിച്ചു ജ്ഞാനം അതിനംഗീകരിക്കാം പരമാർത്ഥം എന്താണോ ആ പരമാർത്ഥ സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടാകുന്ന ശ്രുതിയിൽ നിന്ന് എന്തുകൊണ്ട് ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാറി പരമാർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് പ്രകാശ് എന്തുകൊണ്ട് അവന് കേൾക്കുന്നതിന് ശ്രവണേന്ദ്രിയുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ ആ ശബ്ദത്തെ ഗ്രഹിക്കുന്നതിനുള്ള മനസ്സുണ്ടായിരുന്നു ആ മനസ്സ് എന്താണ് ചിന്മയമാണ് ജ്ഞാനമയമാണ് ആ മനസ്സ് ആ പരമാർത്ഥത്തെ മറിഞ്ഞിരിക്കുന്ന അറിവിനെ മാറ്റുന്നതിനുള്ള പ്രകാശത്തിന് ജ്ഞാനപ്രകാശത്തിന് നിമിത്തമായി ജ്ഞാനം പ്രകാശിക്കുന്നു വസ്തു എങ്ങനെയോ അങ്ങനെയാ പ്രകാശിക്കുന്നു കാരണം ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണ് പരമാർത്ഥ വസ്തുവാണ് ഏതൊരു ജ്ഞാനമാണോ ശബ്ദശ്രവണത്തിലൂടെ തന്റെ അന്ധകരണത്തിൽ പ്രകാശിച്ചത് ആ ജ്ഞാനത്തിന്റെ ഈ സ്വരൂപം എന്താണോ ആ ജ്ഞാനം വെളിപ്പെടുത്തുന്ന വസ്തുവാണ് രണ്ടില്ല അവിടെ ആത്മാവിനെ അറിയുന്നു ആത്മതത്വം പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകാശത്തിന്റെ സ്വരൂപമായിരിക്കുന്നതും ആത്മതത്വമാണ് അതെന്താണ് ജ്ഞാനമാണ് അപ്പോൾ ജ്ഞാനത്തിന് എന്തേ ചെയ്യാൻ കഴിയും വസ്തുവിനെ അങ്ങനെ പ്രകാശിപ്പിക്കാനേ പറ്റൂ അതിൻ്റെ മറമാറ്റുക അതാണ് പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞു വിശേഷിച്ച് ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിലും ബാഹ്യമായൊരു വസ്തുവിനെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ബാഹ്യമായൊരു വസ്തുവിനെ വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടി തൻ്റെ കണ്ണ് പ്രകാശിപ്പിക്കുന്നത് പോലെ ആ വസ്തുവിനെ അങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റൂ ശബ്ദത്തെ കേട്ടു കഴിഞ്ഞാൽ ശബ്ദമൊന്നേ പ്രകാശിപ്പിക്കാൻ പറ്റും രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ ഇത് രൂപമാണ് നിറമാണെന്നേ പ്രകാശിപ്പിക്കാൻ പറ്റൂ അറിയാൻ പറ്റൂ അതിനപ്പുറം ഒന്നും സാധ്യമല്ല അപ്പോൾ വസ്തുവിടെ എന്താണ് അത് സച്ചിതാനന്ദമാണ് അപ്പോൾ അതിന്റെ മറം മാറ്റുന്നു എന്താണ് മറഞ്ഞ ഈ ശരീരമാണ് ബുദ്ധിയാണല്ലെങ്കിൽ ശരീരേന്ദ്രിയം മനസ്സംഘാതമാണ് എന്നുള്ള മറയെ മാറ്റിയിട്ട് തത്വമസി എന്ന് ശ്രമിക്കുമ്പോൾ വരുന്നു അതിന്റെ സ്ഥാനത്ത് താൻ ആ സച്ഛിദാനന്ദമാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നു അതിനപ്പുറമൊന്നും സംഭവിക്കത്തില്ല കാരണം അതാണ് അതിന്റെ സ്വരൂപം സ്വരൂപത്തിനനുസരിച്ചുള്ള ബോധം അങ്ങനെയല്ല പരമാർത്ഥാനമുണ്ടാകുമ്പോൾ മറ്റു പലതരത്തിലുള്ള സദ്യവിശേഷങ്ങളുണ്ടാകത്തില്ലേ സർവജ്ഞത്താദികളുണ്ടാകത്തില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ ആനന്ദം ഉണ്ടാകത്തില്ലേ സുഖം അത് അതിൻ്റെ പരവുമായൊരവസ്ഥയെ പ്രാപിക്കത്തില്ലേ ഇല്ല ആ പറയുന്നതെല്ലാം സ്വരൂപത്തെയാണെങ്കിൽ ശരി സ്വരൂപ വ്യതിരക്തമായിട്ടുള്ള സുഖത്തെക്കുറിച്ചോ സ്വരൂപ സിദ്ധികളെക്കുറിച്ചോ സ്വരൂപ വ്യതിരക്തമായിട്ടുള്ള ശക്തി വിശേഷങ്ങളെക്കുറിച്ചോ പറയുകയാണെങ്കിൽ അതൊന്നും തന്നെ ഈ ബോധകാര്യങ്ങളിൽ നല്ലത് അകാരകമാണ് ഉള്ളിൽ ആനന്ദമുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഉള്ളിലെ സത്യകസ്വഭാവമായിരിക്കും അല്ലാതെ അല്ല അല്ല അറിവ് എനിക്ക് ആനന്ദത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയും അത് അറിവ് ആനന്ദത്തെ ഉണ്ടാക്കുന്നത് ശരിയാണ് അനുകൂലമായി എന്ത് അനുഭവപ്പെടുന്നു അതല്ല ആനന്ദത്തെ ഉണ്ടാക്കും അതിൻ്റെ കാരണത്തെ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരാം അറിഞ്ഞില്ലെന്ന് വരാം അതെന്താണ് അതിൻ്റെ നിമിത്തങ്ങൾ എന്തായാലും ശരി ആനന്ദം എന്ന് പറയുന്ന ഒന്ന് ഉള്ളിലുണ്ടാകാം അതിൻ്റെ അതിനറിവ് തന്നെ വേണമെന്നില്ല ആനന്ദം ഉണ്ടാകുന്നു വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും ഇവരെ ഉടനുണ്ടാകുന്നു അല്ലെങ്കിൽ നിമിത്തം ഏതു സാത്വികമായ നിമിത്തങ്ങളിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നു ഈശ്വരനും ഭജിക്കുന്നു സാത്വികമായ നിമിത്തമാണ് അവിടെ ആനന്ദം ഉണ്ടാകുന്നു രാജസമായ നിമിത്തങ്ങളിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നു മദ്യം ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എല്ലാം ആനന്ദം അവിടെ ഉണ്ടാകുന്നു താമസമായ നിമിത്തങ്ങളിൽ നിന്ന് ആനന്ദമുണ്ടാകുന്നു ആലസ്യം മന്ദത ഇതെല്ലാം എത്രയോ ആനന്ദമാണ് അത്യധികമായി ആനന്ദത്തെ കൊടുക്കുന്നു അപ്പോൾ ആനന്ദത്തിന്റെ നിമിത്തങ്ങൾ പലതുമാകാം അതിൽ നിന്നെല്ലാം ആനന്ദം അനുഭവപ്പെടാം അവിടെ ഈ ജ്ഞാനം അല്ല അവിടെ ഉണ്ടാകുന്നു സാത്വിക രാജസ താമസ നിമിത്തങ്ങളിൽ നിന്നെന്തുകൊണ്ട് അത് സാത്വിക രാജസ താമസ നിമിത്തം സമ്മിശ്ര രൂപമാണ് ആ സമ്മിശ്ര രൂപത്തിൽ നിന്ന് ആനന്ദത്തെ പ്രകടമാക്കാൻ അഭിവ്യക്തമാക്കുന്നതിന് രാജസാത്വിക താമസ ഗുണങ്ങൾ ഏതുമാകാം ഏതുകൊണ്ട് എന്ത് വരും അത് സമ്മിശ്രമായതുകൊണ്ട് തന്നെ അവിടെ ആ നിമിത്തങ്ങൾ ഒത്തു വരുമ്പോൾ ഒരാൾക്ക് ആനന്ദമുണ്ടാകുന്നതാണ് കള്ളു കുടിക്കുമ്പോഴും ആനന്ദമുണ്ടാകും വിഷയഭോഗത്തിനും ആനന്ദം ഉണ്ടാകുന്നത് കൊണ്ടാണ് നിമിത്തങ്ങൾക്കനുസരിച്ച് വരും എന്നർത്ഥം അത് അനുസരിച്ച് ആനന്ദത്തിന്റെ സ്വഭാവത്തിനും വ്യത്യാസത്തിനും ആനന്ദം എന്ന് പറയുന്നത് കേവലം സാത്വികമല്ല കാരണം ഒന്നിനും ഒരു ഗുണത്തിന് ഏകമായിരിക്കാൻ കഴിയില്ല അതെപ്പോഴും മറ്റുള്ളവരോടുകൂടി ചേർന്നേ ഇരിക്കും ചില സ്ഥലത്ത് സാത്വികത്തിനായിരിക്കും ആനന്ദത്തിൽ പ്രാമുഖ്യം ചിലടത്ത് രാജസത്തിനായിരിക്കും ചിലടത്ത് താമസത്തിനായിരിക്കും അതുകൊണ്ടാണ് വളരെ ഹിംസയിൽ നിന്ന് പോലും ആനന്ദമുണ്ടാകുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ ചിലർക്ക് തന്നെ തന്നെ പീഡിപ്പിക്കുമ്പോൾ അതിന് ആനന്ദമുണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടാകുന്ന എന്താണ് നിമിത്തങ്ങൾക്കനുസരിച്ചിട്ടാണ് ചില അതിൻ്റെ അനുകൂലതകൾ ഒരുവൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അനുകൂലതകളിൽ നിന്നാണ് ആനന്ദം ഉണ്ടാകുന്നത് ചിലർക്ക് സുഖം അനുകൂലമായി തോന്നുന്നു ചിലർക്ക് ദുഃഖം അനുകൂലമായി തോന്നാൽ അതും ആനന്ദമായി വരാം പീഡകൾ ശാരീരിക പീഡകൾ അനുകൂലമായി തോന്നി അതിനൊരാൾ ആനന്ദിക്കാം അപ്പോൾ അതൊക്കെ നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടാകുന്ന ഒന്നാണ് ആനന്ദം എന്ന് പറയുന്നത് നിന്നതയെന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം സത്വരജസ്തമാസകളുടെ സമ്മിശ്രാവസ്ഥയിലുണ്ടാകുന്നതാണ് ചില സ്ഥലത്ത് അവിടെ സത്വം അധികമായിരിക്കും സത്വമാനുദമെന്ന് പറയുന്നിടത്ത് ചിലടത്ത് അങ്ങനെയല്ല രജസ്സായിരിക്കും അവിടെ നിൽക്കുന്നത് ചിലടത്ത് തമസ്സായിരിക്കും അപ്പോൾ അതിന് ജ്ഞാനവുമായിട്ട് ബന്ധമൊന്നുമില്ല എന്തുകൊണ്ട് ജ്ഞാനം അകാരകമാണ് ഇവിടെ ജ്ഞാനമൊഴികെയുള്ള സർവ്വ വസ്തുക്കളും കാരകങ്ങളാണ് സത്വരജസ്തംഭവ ഗുണങ്ങളെല്ലാം കാരകങ്ങളാണ് അത് ഓരോന്നിനും ഉണ്ടാക്കുന്നു പക്ഷേ ജ്ഞാനം അങ്ങനെയല്ല ജ്ഞാനെന്ന് പറയുന്നത് അകാരകമാണ് എന്തുകൊണ്ടാണ് പറയും ഞാനോ എന്ന് പറയുന്ന ഇതിൽപ്പെടുന്നതല്ലേ സത്വരജസ്തമ ഗുണങ്ങളിൽ എവിടെയൊക്കെയോ അതിന്റെ എന്തൊക്കെ ചേരുവകൾ കൊണ്ടാണല്ലോ ഈ ഉണ്ടാകുന്നത് കാരണം ഉള്ളിൽ ജ്ഞാനം ഉണ്ടാകുന്നു ഞാനുണ്ടാകണമെങ്കിൽ ബാഹ്യമായ തത്വത്തെ ശ്രവിക്കണം ഉള്ളിൽ ആ മനനം സംഭവിക്കണം അല്ലെങ്കിൽ അത് നിധ്യാസനാത്മകമായി മാറണം അല്ലെങ്കിൽ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകണം അവിടെ ജ്ഞാനം ഉണ്ടാകുന്നതിന് ഇതിനെയൊക്കെ ആശ്രയിക്കുന്നില്ല ജ്ഞാനം എന്തുകൊണ്ട് അകാരകമായിരിക്കുന്നു അത് എന്തുകൊണ്ട് മറ്റൊന്നിനും ഉണ്ടാക്കുന്നില്ല എന്നാ പറഞ്ഞു വരുന്നത് ആനന്ദത്തെ ഉണ്ടാക്കുന്ന ജ്ഞാനമല്ല ആനന്ദം ഉണ്ടാകുന്നതിന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല ജ്ഞാനം അകാരകമാണ് വചനം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം തന്നെയാണ് ശ്രുതി നിന്നുണ്ടാകുന്ന ജ്ഞാനം തന്നെയാണ് എന്തുകൊണ്ട് ജ്ഞാനത്തിന്റെ ജോലി ഒന്ന് മാത്രമാണ് എന്താണ് അജ്ഞാനത്തെ നശിപ്പിക്കുക അത്രയുള്ളൂ അതതിൻ്റെ സ്വഭാവമാണ് വെളിച്ചത്തിൻ്റെ ജോലി ഒന്നേ ഉള്ളൂ അതാണ് തുടക്കത്തിൽ പറഞ്ഞു വരണെ നശിപ്പിക്കുക അതിന് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ അതിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിൻ്റെ കൂട്ടാനോ കുറയ്ക്കാനോ ഈ കറുപ്പിനെ മാറ്റാനോ ഒന്നും പ്രകാശത്തിന് കഴിയില്ല അതിന് ചെയ്യാന്നുള്ള എന്താണ് അതിനെ പ്രകാശിപ്പിക്കുക വസ്തു എങ്ങനെയോ അങ്ങനെ പ്രകാശിപ്പിക്കുക വസ്തു ആനന്ദമാണെങ്കിൽ ഞാനും ആനന്ദമായി പ്രകാശിപ്പിക്കും വസ്തു ദുഃഖമാണെങ്കിൽ ഞാനും ദുഃഖമായി പ്രകാശിപ്പിക്കും അല്ല ജ്ഞാനം വിശേഷിച്ച് അവിടെ അകാരകമായിരിക്കുന്ന ജ്ഞാനം ആനന്ദത്തെയോ ദുഃഖത്തെയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല അന്ധകരണം ആനന്ദമയമാണെങ്കിൽ ശരി ജ്ഞാനം കൊണ്ട് അവന് ആനന്ദം തന്നെയായിരിക്കും ഒരുവന്റെ മനസ്സ് ദുഃഖമയമാണെങ്കിലും ജ്ഞാനം കൊണ്ട് അവനെ സംബന്ധിച്ച് ആനന്ദം ഉണ്ടാകത്തില്ല ആ ദുഃഖം തന്നെ ദുഃഖം എങ്ങനെയോ അതായിരിക്കും എന്തുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ജോലി അതല്ല ജ്ഞാനത്തിൻ്റെ ഒരു ജോലി ഉണ്ട് എന്താണ് അന്ധകാരത്തെ മാറ്റുക അറിവില്ലായ്മയും മാറ്റുക അറിവില്ലായ്മ എന്ന് പറയുന്ന വസ്തുവല്ല അതുകൊണ്ട് മാറ്റുക എന്നുള്ളത് കൊണ്ട് കാരകത്വം വരുന്നില്ല അറിവില്ലായ്മയെന്ന് പറയുന്ന എന്താണ് അറിവ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ അറിവുണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് അറിവില്ലായ്മ അറിവുണ്ടായതിനു ശേഷമുള്ള അവസ്ഥയല്ല അറിവുണ്ടാകുന്നതിനൊന്നുമ്പറിവില്ലായ്മ ഉണ്ടായിരുന്നു അറിവ് വന്നപ്പോൾ എന്ത് ചെയ്തു അറിവില്ലായ്മയ്ക്ക് പകരമായി അറിവില്ലായ്മയുടെ സ്ഥാനത്ത് വന്നതാണ് അറിവ് അല്ലാതെ അറിവ് വന്നതിന് ശേഷം പിന്നീട് അറിവില്ലായ്മയും മാറ്റുന്ന ഒരു ജോലി അറിവിന് ശേഷിക്കുന്നില്ല വെളിച്ചം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇരളിന്റെ സ്ഥാനത്ത് വെളിച്ചം വന്നു അതുവരെ ഇരുളായിരുന്ന സ്ഥാനത്ത് വെളിച്ചം വരുന്നു ഇരളവിടെ അപ്രത്യക്ഷമാകുന്നു അപ്പോൾ അതിന് അതുവരെ ഉണ്ടായിരുന്നെന്താണ് അവിടെ ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ് ആ വെളിച്ചത്തിന്റെ ഇല്ലായ്മയാണ് നമ്മൾ വിളിച്ചത് ഇരുളന്നു ആ സ്ഥാനത്ത് എന്ത് ചെയ്തു ആ വെളിച്ചം വന്നു അത് വെളിച്ചത്തിന്റെ സ്വഭാവമാണത് അത് ഇരളെണ്ണം മാറ്റുന്നു അതുപോലെ അതിന് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല മറ്റൊന്നും അതിന് ചെയ്യാൻ കഴിയത്തുമില്ല അതുപോലെ ഈ ജ്ഞാനം പരമാർത്ഥ ഞാനം ഉള്ളിലുള്ള അറിവില്ലായ്മ മാറ്റുന്നു തത്വം പ്രകാശിക്കുന്നു ആ തത്വത്തെ നിങ്ങൾ ആനന്ദം എന്ന് പറയുകയാണെങ്കിൽ ശരി ആനന്ദമാണ് പക്ഷെ അത് ആനന്ദം സാതിശയമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദമായി അതിന് ബന്ധമില്ല എന്നുള്ളതിനെ പറയുന്നു നിരതിശയമാണ് അത് നിറവിഷയമാണ് അത് അവിഷയമാണ് അങ്ങനെയുള്ളതാണ് അപ്പോൾ അവിടെ ജ്ഞാനത്തിനെങ്ങനെ ആനന്ദത്തെ സൃഷ്ടിക്കാൻ കഴിയും ഒരിക്കലും കഴിയില്ല ഞാനെന്ത് ജ്ഞാനത്തിനൊന്നേ കഴിയും എന്താണ് ആ അവിദ്യ മറയും മാറ്റുക അതേ ഉള്ളു അതുവരെ ഇല്ലാതിരുന്നത് അതുവരെ നിലനിന്നിരുന്ന എന്താണ് ആ അറിവില്ലായ്മ അതിനെ മാറ്റുക അതുമാത്രമേ ഉള്ളൂ അത് മാറ്റുക എന്ന് പറയുന്ന ഒരു കർമ്മവും പ്രവൃത്തിയല്ല എന്തുകൊണ്ട് അറിവില്ലായ്മ ഒരു വസ്തുവല്ല അതുകൊണ്ട് പിന്നെന്താ മാറ്റുക എന്ന് പറയുന്ന അറിവില്ല അമ്മയുടെ സ്ഥാനത്ത് അറിവ് പ്രകടമാകുന്നു ഇരുളിന്റെ സ്ഥാനത്ത് വെളിച്ചം പ്രകടമാകുന്നു വെളിച്ചം വരുന്നതുവരെ ഇവിടെ പ്രകടമായിരുന്നെന്താണ് ഇരൾ ആ ഇരളിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു വെളിച്ചം വന്നപ്പോൾ ആ വെളിച്ചം പ്രകടമായി അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് കൊണ്ട് വചനം അകാരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനന്ദം ഉൾപ്പെടെ ഒന്നിനെയാണ് സൃഷ്ടിക്കുന്നുണ്ട് അത് ഇരളിനെ മാറ്റുന്നു ശേഷിക്കുന്ന എന്താണ് അത് സച്ചിദാനന്ദനന്ദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സത്വന്ന് തന്നെ സത്യം എന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആനന്ദമൊന്നാണ് അപ്പൊ സാതിശയമായ ആനന്ദത്തെ അതിനോട് ബന്ധിപ്പിക്കാൻ പറ്റുന്നു ജ്ഞാനം എന്നു പറഞ്ഞാൽ തന്നെ അത് ആനന്ദമാണ് ഒന്നു തന്നെ അത് അല്ലാതെ ഇവിടെ ഈ വ്യവഹാര തലത്തിൽ അനുഭവിക്കുന്ന എന്താണ് ആനന്ദത്തിന് വിപരീതമായിരിക്കുന്ന ദുഃഖം സത്തിന് വിപരീതമായിരിക്കുന്ന അസത്യം ജ്ഞാനത്തിന് വിപരീതമായിരിക്കുന്ന അറിവില്ലായ്മ ഇതൊന്നുമല്ല ഇതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിരുന്നത് സ്വച്ഛദാനന്ദമാണ് എന്താണോ ഇന്ന് നാൻ ആ രൂപത്തിൽ വിപരീത രൂപത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിവില്ലായ്മ അസത്യത്വം ദുഃഖം ഇതൊന്നും അല്ല അത് ഇതൊന്നുമല്ല എന്റെ സ്വഭാവം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ സച്ചിദാനന്ദം എന്ന് ചേർത്ത് പറയുന്നു അവിടെ അറിവില്ലായ്മ മാറുന്നു അത്രമാത്രം അല്ലാതെ അറിവിനോ അല്ലെങ്കിൽ വചനത്തിനോ ഒന്ന് സൃഷ്ടിക്കാനുള്ള കഴിയില്ല അതിന്റെ എന്നുള്ളത് പൂർണമാണ് എവിടെയാണോ ന്യൂനത അനുഭവപ്പെടുന്നത് അവിടെയാണ് സൃഷ്ടിയുടെ ആവശ്യം വരുന്നത് ആ ന്യൂനതയെ പരിഹരിക്കുന്നത് ഇത് സ്വയം തന്നെ പൂർണ്ണമാണെങ്കിൽ പിന്നെ അവിടെ എന്ത് സൃഷ്ടിക്കണം ഏത് ആനന്ദത്തെ സൃഷ്ടിക്കാനാണോ ഏത് ദുഃഖ നിവൃത്തിയെ സൃഷ്ടിക്കാനാണോ അങ്ങനെയൊന്നും അവിടെ സങ്കല്പിക്കുന്നില്ല സങ്കല്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭാവനകളാണ് നമ്മൾ തത്വത്തിൽ നിന്ന് വേറിട്ട് ഭാവനയുടെ വഴിക്ക് സഞ്ചരിക്കുന്നു നമ്മുടെ ഉള്ളിൽ പല സങ്കല്പങ്ങളും വരും ആ സങ്കല്പങ്ങളെയൊന്നും നമ്മൾ ഭാവനയാണെന്ന് തിരിച്ചറിയാതെ അതിനെ പരമാർത്ഥമായി ഗ്രഹിക്കും അത് ആത്മതത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തോ അങ്ങനെ ഒരു ഭാവനയെ പരമാർത്ഥമായി ഗ്രഹിച്ചിട്ട് ഇതാണ് തത്വജ്ഞാനം ഇതാണ് തത്വജ്ഞാനത്തിന്റെ ഫലമായ മുക്തി എന്നെല്ലാം ഭ്രമിച്ചു പോകും ആ ഭ്രമം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് വചനം അകാരകമാണ് അതെങ്ങനെയാണ് ഈ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വസ്തു പ്രകാശിക്കുന്നു അത്ര ആ വസ്തു എങ്ങനെയാ അതുപോലെ പ്രകാശിക്കുന്നു അതുപോലെ തത്വം എങ്ങനെയോ അതുപോലെ പ്രകാശിക്കുന്നു അതെങ്ങനെ സച്ചിദാനന്ദമായി പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നു വചനസ്യം അക്കാരകത്വം എന്ന വ്യാപ്രിയതേ വചനം അല്ലെങ്കിൽ വചനത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ഒരു വസ്തുവിനെ മറ്റു തരത്തിലാക്കി മാറ്റുന്നതിന് അതിന് കഴിയില്ല അങ്ങനെ ഒരു പ്രവൃത്തി അതിലില്ല അതിൽ പ്രവൃത്തിയേയില്ല അത് ജ്ഞാനത്തിന്റെ മാത്രസ്വഭാവമാണ് അതെന്ത് ചെയ്യുന്നുവർത്തിപ്പിക്കുന്നു അറിവില്ലായ്മയെ നിവർത്തിപ്പിക്കുന്നു അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അത് പ്രകാശിക്കുന്നു അത്രേ ഉള്ളൂ കിംതർഹി യഥാഭൂത അർത്ഥ അവദ്യോതനെ പിന്നെന്താണ് വചനം പിന്നെന്താ ചെയ്യുന്നത് കിംതർഹി എന്താ ചെയ്യുന്നത് നിങ്ങളുടെ ഈ വേദവാക്യങ്ങളെല്ലാം എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു കിംതർഹി യഥാ ചോദ്യം യഥാഭൂത അർത്ഥ അവദ്യോതന വസ്തു എങ്ങനെയാണോ അങ്ങനെ പ്രകാശിപ്പിക്കുക അതാണ് ഇവിടെ വചനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണെന്ന് പറഞ്ഞു വചനം ശ്രവണേന്ദ്രിയത്തിലൂടെ ഹൃദയത്തിൽ പതിഞ്ഞുകഴിഞ്ഞാൽ അവിടെ പ്രകടമാകുന്നതാണ് ജ്ഞാനം അപ്പോൾ വചനവും ജ്ഞാനവും രണ്ടല്ല ഒന്നു തന്നെയാണ് ആർക്കാണോ വചനത്തിൽ നിന്ന് ഹൃദയത്തിൽ ജ്ഞാനം പ്രകാശിക്കുന്നത് അവനെ സംബന്ധിച്ച് അശയം വചനം അവൻ്റെ ഹൃദയത്തിലേ പ്രവേശിക്കുന്നില്ല വചന അവിടെ ഒരു പ്രകാശത്തെ ജ്ഞാനമാകുന്ന ഒരു പ്രകാശത്തെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മറിച്ചാണെങ്കിലോ അത് തന്നെ ജ്ഞാനം രണ്ടും രണ്ടല്ല നിങ്ങൾ പറയും എന്താണിത് വേദം ഇത് ശബ്ദം ശ്രുതി ഇങ്ങനെ വായിക്കുകയും കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ശബ്ദങ്ങളാണ് അതുകൊണ്ടെന്താ എന്താണ് അത് ശാസ്ത്രമാണ് ഗ്രന്ഥമാണ് എന്നെല്ലാം പറയും അതിൻ്റെ പ്രാധാന്യത്തെ അറിയാത്തവർ അല്ലെങ്കിൽ ശാസ്ത്രമല്ലാത്തതിന് ശാസ്ത്രമെന്ന് ധരിച്ചവർ അങ്ങനെയും വരുമ്പോഴും ശാസ്ത്രമല്ലാത്തതിന് ശാസ്ത്രമെന്ന് ധരിക്കുന്നവർ ശാസ്ത്രത്തിൽ നിന്തിക്കും അശിക്ഷിതരായ ആൾക്കാർ എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് അത് വചനം പതിനൊന്നുറിയിൽ നിന്ന് എന്താണ് അത് ബാഹ്യമായി ശബ്ദമാണെങ്കിൽ ആന്തരീയമായി ഹൃദയത്തിൽ അത് അറിവാണ് പ്രകാശമാണ് അതേ ഉള്ളു ഇതിന് പരിഹാരമായിട്ട് മറ്റൊന്നുമില്ല ബാക്കി ഒരു പരിഹാരമില്ല എന്തിനാ ഈ അറിവില്ലായ്മയെ നശിപ്പിക്കാൻ അജ്ഞാനത്തെ വേറെന്തുകൊണ്ട് നശിപ്പിക്കും വെളിച്ചം കൊണ്ടല്ലാതെ ഇതിലിനെ എങ്ങനെ മാറ്റും ഇവിടെ എന്താ അഭ്യാസവും ചെയ്തോട്ടും അതാണ് പറയുന്നത് എന്നാ യോഗേന എന്നാ ത്യാഗേന മറ്റ് ഒരു പരിപാടിയുണ്ടോ സാധ്യമല്ല മറിച്ച് ആ പ്രകാശം തന്നെ ഉള്ളി വരണം ആ പ്രകാശങ്ങളിൽ പ്രകാശിക്കുന്നതിന് വചനമല്ലാതെ വേറെ ഒരു ഉപായവും ഇല്ല പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധത്തിന് മറ്റു പലതിനും പല ഉപായങ്ങളും ഉണ്ട് പല ലക്ഷ്യസ്ഥാനങ്ങളെ പ്രാപിക്കുന്നതിന് പല വഴികളുണ്ട് അതൊക്കെ അംഗീകരിക്കാം പല അഭ്യാസങ്ങളുണ്ട് പല തരത്തിലുള്ള അനുഭൂതികളിലൊക്കെ മനുഷ്യനെത്തിക്കും അത് കാര്യമില്ല പറഞ്ഞല്ലോ ആനന്ദത്തെ പ്രാപിക്കുന്നതിനൊരു ഒരു ഒരുപാട് ഉപായങ്ങളുടെയുണ്ട് വിഷയഭോഗങ്ങളും മറ്റ് പലതുമുണ്ട് പക്ഷേ തത്വപ്രകാശത്തിന് ആ തത്വത്തെ സംബന്ധിച്ചുള്ള ഇരുൾ മാറുന്നതിലൂടെ ഒരേ ഒരു വഴിയുള്ളൂ പ്രകാശം ഉള്ളിൽ പ്രകാശം ഉണ്ടാവുക ബോധമുണ്ടാവുക അതിന് ഒരേ ഒരു വഴിയുള്ളൂ വചനം മറ്റൊരു വഴിയും ഇവിടെ പറയുന്നില്ല അദ്വൈത ബോധത്തിന് പറയുന്നില്ല ബാക്കിയുള്ള സാധനങ്ങൾ സാധ്യങ്ങളും എന്തിനു വേണ്ടിയിട്ട് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതിനെല്ലാം ആധ്യാത്മികമെന്ന് പറയും അതുമെല്ലാം ആധ്യാത്മികം തന്നെയാണ് പക്ഷെ അതൊന്നും എന്താണ് പരമാർത്ഥമായ ആധ്യാത്മികമല്ല പരമാർത്ഥമായ ആധ്യാത്മികം ഇതാണ് യഥാഭൂത അർത്ഥഅതിനെ പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന അറിവ് അതാണ് യഥാർത്ഥമായ ആധ്യാത്മികം അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്നെല്ലാം പറയുന്നതിനെങ്ങനെ മനസ്സിലാവണം തസ്മാ അന്തശരീര ഇത്യേത ത്വചനം അന്തസ് അന്തർവ്യവും ഇതിവച്ച ദ്രഷ്ടവ്യം മനസ്സിലാക്കണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ പുരുഷന് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുട്ടയ്ക്കകത്ത് ആകാശം ഇരിക്കുന്നു എന്ന് പറയും പോലെ ഉള്ളു അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അകത്ത് ആകാശം ഇരിക്കുന്നു എന്ന് പറയുന്നേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്താണ് ആ സർവ്വവ്യാപകമായിരിക്കുന്ന ആകാശത്തിന് ചെറിയൊരു ഉപാധി അതുപോലെ ഹൃദയത്തിൽ പുരുഷൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപകമായിരിക്കുന്ന ഈ സ്വരൂപ ചൈതന്യത്തിന് ആ പ്രകാശത്തിന് ഹൃദയമാകുന്ന വളരെ പവിത്രമായ ഒരു ഉപാധി എന്തിനാ അങ്ങനെ ഒരു ഉപാധിയെ നിർദ്ദേശിച്ചു ആർക്കെങ്കിലും ആ പുരുഷനെ ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പവിത്രമായ ഒരു ഉപാധിയായി ഹൃദയത്തെ നിർദ്ദേശിക്കുന്നു അതിലപ്പുറം അതിനൊന്നുമില്ല അത് പാത്രത്തിൽ ആകാശമെന്ന് പറയുന്നവരേ ഉള്ളൂ തസ്മാത് അന്തശരീരത്തിയേതധനം അന്തസ് അന്ത്യോമന ഇതിവച്ച ഉപലബ്ധി നിമിത്തത്വച്ച ദർശന ശ്രവണ മനന വിജ്ഞാദ വിജ്ഞാനാദി ലിംഗ അന്ധശരീരെ പരിച്ഛിന്ന ഇവ ഉപലഭ്യത പുരുഷ ഉപലഭ്യത അധ ഉച്ച അന്തരീരെ ഉപലബ്ധി നിമിത്ത ഉപലബ്ധിക്ക് അതൊരു നിമിത്തമാണ് പ്രകാശിക്കുന്നതിനൊരു നിമിത്തമാണ് എങ്ങനെ ദർശന ശ്രവണമനനവിജ്ഞാനാദി ലിംഗേ ഹി താൻ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് കാണുന്നു കേൾക്കുന്നു മനനം ചെയ്യുന്നു അറിയുന്നു സർവത്തെയും വിഷയങ്ങളെയും ആത്മാവിനെയെല്ലാം ഇതുകൊണ്ട് എന്താണ് അന്ധശരീരെ പരിച്ഛിന്ന ശരീര ഉള്ളിൽ പരിച്ഛിന്നമായി ഉലഭ്യതയെ പുരുഷ പുരുഷൻ പ്രകടമാകുന്നു അല്ലെങ്കിൽ അറിയപ്പെടുന്നു എന്നെല്ലാം ശ്രുതി പറയുന്നു അന്ധശരീരെ സൗമ്യസപുരുഷ അതാണ് പറയുന്നത് അല്ലയോ പ്രിയപ്പെട്ടവനെ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയുന്നു അല്ലാതെ അത് ഉള്ളും വെറവും ഉള്ള ഒന്നും ഒരു വസ്തുവല്ല എന്നാ പുനരാകാശ കാരണഹൻ കുണ്ടഭദ്രവത് ശരീര പരിച്ഛന്നയിലി മനസ്സിച്ഛക്തും മൂഢോപിക്കുമ്പത് പ്രമാണഭൂത ശ്രുതി പറയുന്നു ശ്രുതി എന്ന് പറയുന്നത് പ്രമാണഭൂതമാണതാണെന്ന് നമ്മൾ വിശദീകരിച്ചത് അത് എങ്ങനെ അസംബന്ധം പറയും മൂഢനു കൂടി പറയാൻ പറ്റില്ല എന്താണ് ആകാശ കാരണഹസൻ ആകാശത്തിനും കാരണമായിരിക്കുന്ന ഈ പരമാത്മതത്വം കുണ്ട ബദരപത് പാത്രത്തിലിരിക്കുന്ന ഒരു ഫലത്തെ പോലെ ശരീരപരിച്ഛിന്നമായിരിക്കുന്നു ശരീരം കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്നു ഉള്ളിലിരിക്കുന്നു എന്ന് എന്താണ് മനസ്സാഭിച്ഛതി ഭക്ത മൂഢോബി ഒരു മൂഢനു കൂടി അത് സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല പിന്നെയാണോ കിമിത പ്രമാണഭൂതശ്രുതി പിന്നെയാണോ സർവപരമപ്രമാണമായിരിക്കുന്ന ശ്രുതി അങ്ങനെ പറയുന്നു അല്ലെ ശ്രുതി പറയുന്നതിന്റെ താല്പര്യം അതല്ല ശ്രുതി പറയുന്നതിൻ്റെ താല്പര്യം അത് ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക സ്വരൂപത്തിൽ ആന്തരസ്വരൂപത്തിൽ സർവ്വ ആധാരമായി സർവ്വവ്യാപകമായി ഹൃദയത്തിലൂടെ അത് വെളിപ്പെടുന്നു പ്രകാശിക്കുന്നു എന്ന് അതിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയും മാറ്റുന്നതിന് വേണ്ടി ശ്രുതി ഉള്ളിൽ പരമാർത്ഥമായ ബോധത്തെ ഉണ്ടാക്കുന്നതിനു വേണ്ടി അങ്ങനെയുള്ള ഉപാധികളെ ചേർത്ത് പറയുന്നതാണ് പരമാർത്ഥത്തെ ഉപാധിയിലൂടെ വെളിപ്പെടുത്താൻ പറ്റും പക്ഷെ ഉപാധിയിലൂടെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുത്തുന്ന തത്വം അത് പരമാർത്ഥമായിരിക്കും അത് സംശയമോ വിവരിയോ ഒന്നും ആയിരിക്കത്തില്ല എന്തുകൊണ്ട് ശ്രുതി പ്രമാണമാണ് ഈ പരമാർത്ഥ തന്നെ ശ്രുതി മാത്രമേ ഉള്ളൂ പ്രമാണമായിട്ട് Vielen Dank.